نور بالله من الشهد القدير العليم بسم الله الرحمن الرحيم <تصفيق> الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وآله وصحبه اجمعين ومنها ان يكون اكثر به تمايلي بالعلم الباطني ومراقبه القلب ومعرفه طريق العقده وسلوكه وصدق الرجاء عند شاغل ذلك من المجاهده والمراقبه فان المجاهده تقني الى المتاهده كما ورد ومنها ان قلنا ودما انه عشى ما صفات പരലോകത്ത് ലക്ഷ്യം വെക്കുന്ന ശരിയാവരമാ ഉണ്ടല്ലോ ആ ഉലമാ ചില കാര്യങ്ങൾ ലക്ഷ്യം വെക്കേണ്ടതുണ്ട് എന്നാ പറയും അങ്ങനെ കുറെ എണ്ണി അതിൽപ്പെട്ട ഒന്നാമതി അഞ്ഞക്കൂനാക്കി ഹിസിമാനി അവന്റെ മുഖ്യ ലക്ഷ്യം ഹിസിമാനി അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വെക്കലുണ്ടല്ലോ അതിന്റെ അധികമമായിരിക്കണം എന്തുകൊണ്ടായിരിക്കണം ബാസിൻ ബാസിൻ ആയ എൽമ കൊണ്ടായിരിക്കണം ലാലു കിട്ടുന്നെങ്കിൽ എബുതമാനിയും മാത്തി ഇനെ നോക്കാൻ പറ്റൂല അതുപോലെ കൽബിന്റെ മുളാക്കത കൊണ്ടുള്ള ഇരുമ് മാഡിപ്പത്തി തരീക്കത്തിലുള്ള ആഹ്റ ആഹ്റത്തിലേക്കുള്ള തലിയ ശരീരത്തിലേക്കുള്ള മാഡിപ്പത്തി അതുപോലെ തുലൂക്കി ആ മാർഗത്തിൽ എപ്രകാരം പ്രവേശിച്ച് അമൽ ചെയ്യാമെന്നതിന്റെ അറിവ് പിന്നെ ഇതെല്ലാം എന്താക്കണം മുഗശിഫായി കിട്ടണമെന്നുള്ള ഇനി വളരെയധികം സാധിക്കായ റജാവി വെച്ചിട്ടാണ് അതൊന്നും നമുക്ക് കിട്ടാത്തതിന് വെച്ചിട്ട് തള്ളിക്കളയാനും പറ്റിയ സാധ്യതയൊന്നുമല്ല അതും ഞമ്മക്കല്ല അപ്പൊ അത് അഗ്വാതിന് മാത്രമാകും ഇന്നും പറഞ്ഞിട്ടൊരു തള്ളിക്കടയിലുണ്ട് എന്നാൽ പിന്നെ മറ്റുള്ള ആളെല്ലാം അത് പൊളിച്ചു അങ്ങനത്തൊന്നുമില്ല അത് തിരുക്കൂർ അജാകം വെച്ചിരിക്കണം അത് തുറന്നു കിട്ടാൻ അതെന്തിനാലാന്ന് പിന്നെ മുജാഹരത്തെ മുറാക്കബ കൊണ്ടു പോയിരിക്കണം എന്താ മുജാഹര എന്താ മുറാക്കബ മുജാഹര എന്ന് പറഞ്ഞാല് കഠിനാധ്വാനം നഫ്സിനോടുള്ള കഠിനാധ്വാനം ഉണ്ടല്ലോ മൊറാസവ എന്ന് പറഞ്ഞാൽ കൽബിനി ഇനി മാനിയായിട്ട് വരുന്നുണ്ട് വേർന്തെങ്കിൽ കടന്നു വരുന്നുണ്ടോ ഇല്ലെന്ന് ചെക്കിംഗ് ശരിക്ക് നടത്തിയിട്ട് അതിനെ ശരിയാക്കി എടുക്കണം അതാ പറയുന്നത് അത് രണ്ടും മുഖേ ന്യായിരിക്കണം കിട്ടേണ്ടത് ചിറ്റാ മുത്താലിതിട്ടോ കുറെ അവസാനം വാങ്ങുന്നുണ്ടെന്നത് തുല ഫൈനൽ മുജാഹദി കാരണം മുജാഹദ നല്ലതെന്താക്കും അത് മുസാഹദീനെ കെട്ടിച്ചെടുത്തോളും വല്ലദീന ജാഹദൂഫീനാൽ അനഹദിയന്നും സുബുലന എന്ന് പറഞ്ഞത് വധക്കായക്കലോവിൽ കൽബി കൽബുമായി ബന്ധപ്പെട്ടിൽമിന്റെ കോഴ്ക്കുകളുണ്ടല്ലോ വളരെ നിഗൂഢമായ ഒരുമുകൾ അതെല്ലാം ജനാബി ഒരു ഹിക്കുമത്തി മിനൽ കൽബി കൽബിൽ നിന്ന് ഹിക്കുമത്തിന്റെ ഒരു ഉറവിടമുണ്ട് ആ ഉറവിടത്തിൽ നിന്ന് പൊട്ടി ഒരിക്കലും അത് അങ്ങോട്ട് നടക്കുന്നില്ല അങ്ങ് ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പൊ ടാങ്കിയിലെ അങ്ങോട്ട് ഒഴിച്ചിട്ടാണല്ലോ ടാങ്കിയിലെ എന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞമാരി ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചുണ്ടാക്കും എന്മുണ്ടാക്കും പഠിച്ച മറന്ന വേറെ അസുഖത്തിലായിപ്പോയാൽ അത് അവര് വെച്ചിപ്പോ ഇതൊന്നും ഉണ്ടാവില്ല നേരെ വച്ച് കിണർ കുഴിച്ചിട്ട് അടിയിൽ ബോറുകെടുക്കുന്ന വെള്ളം അതാണ് ആ വെള്ളം ഒഴിക്കുന്ന വെള്ളം അല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറപ്പായിട്ട് വരുന്നതിന് അത് മറക്കൂല അതാണ് മറക്കുന്ന എനിമ മറക്കാത്തതിൽമെന്നവര് വ്യത്യാസം പഠിച്ചെല്ലാം മറന്നു പോയി അതിനകത്ത് പഠിച്ചിട്ടില്ല അത് ടാങ്കിയിൽ ഒഴിച്ച വെള്ളമായി പോയി ീറ്റി വന്നപ്പോ തോന്നു ലിറ്റി അതുപോലെ കോഴിക്കോടി തീർന്നു പോയി വമ്മൽ കൊത്തുമ്പ് വത്താനിയും കിതാബുകള് അതുപോലെ വേറൊരാളെ പഠിപ്പിച്ചു കൊടുക്കൽ ഇത് രണ്ടും പല തീനിക്ക ഈ ഹിറ്റ്മത്ത് കൊണ്ടുണ്ടാവൂല ഒരു പൂർത്തിയായ ഒരു സാധനം നടത്താനേ കഴിയില്ല അത് കോരിവെക്കലാണ് കോരിവെക്കല പെരുത്തി അതായത് എണ്ണത്തിനത്തൊട്ടും അളന്നു കണക്കാക്കലിനും പുറമേയുള്ള അതീതമായ ഹിക്കുമത്തുണ്ടല്ലോ ആ ഹിക്കുമത്ത് ഇന്നമാബ മുജാഹദ മുറാകബ കൊണ്ട് മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ നമുക്ക് പിതാവ് ഉണ്ടായിരുന്നില്ല ലൈബ്രറി മുഴുവൻ പോലും നോക്കി തീർത്തു എന്നിട്ടെന്താണ് എന്തെല്ലാം ആ ഇങ്ങനെ ഇതുപോലെ പിതാവുണ്ടെന്ന് തിരിഞ്ഞെന്നെല്ലോ ഉറപ്പ് വന്നിട്ടുണ്ടല്ലാറത്തി വൽ ബാസിന അതുപോലെ എന്ത് വേണം ലാഹിറായ ആയമാലിനോട് മുപാശത്ത് വേണം ബാസിനായ ആയമാലിനോടും മുപാശറത്ത് വേണം അതുമാതിരി ഓൺ ഇടപഴകണം പിന്നെ വൽത്തിൽ അള്ളാൻ ഉറപ്പിരിക്കണം അപ്പൊ അള്ള വസിരിക്കില്ല എന്ന് വെച്ചാൽ ബാറ എല്ലാം മാറ്റി അള്ളാർക്ക് വേണ്ടി കൽവത ഒന്ന് കൊടുക്കാമെന്ന് ഞാൻ അർത്ഥമുള്ളൂ അതോടൊപ്പം മന ഹൃദൂറിൽ കൽവി കൽബിന്റെ ഹൃദൂറോടുകൂടി ഹൽവത്തിലെന്താക്കണം അള്ളാനോടൊപ്പം ഇരിക്കുകയാണ് അച്ഛന്റെ കൂടെ അച്ഛൻ എല്ലാം കണ്ടു മാറ്റി അതാണ് ഇടന്നായിട്ട് അമ്മാ അള്ളാഹു അല്ലാത്ത മറ്റു കാര്യങ്ങളെല്ലാം വർദ്ധിച്ചു കൊണ്ടിട്ട് അള്ളാനെ കൊണ്ട് മാത്രം ഇങ്ങത്തായി സാഫിയായ ഫിക്യുറത്തോടുകൂടി കൽവത്തിലങ്ങ് കൂടി കഴിഞ്ഞാലാണ് അത് ി വമംബ ഉൽ കശി അത് തന്നെയാണ് ഏത് ഈ അൽജുലോസുമായി ഇവിടെ കുറെ എണ്ണിയിലെ മുജാഹദ മുറാക്കിറമാനി ബാസനായ അമ്മാലി അൽജുലോസുമായിളൂ കൽബ് സാഹിത് ഫിക്കുത്താ ഇടുന്ന എംമാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇഫ്താഹുൽ ഇൽഹാമി വമംബ ഉൽ കശ്വി കശ്പിന്റെ കേന്ദ്രവും ഇൽഹാമിന്റെ താക്കോലും അതതില്ലാതെ മറന്നുമില്ല അത് തന്നെ ഉള്ളൂണ അതാ ഫക്കമ്മീം മുത്താലിമീം എത്ര എത്ര മുത്താലിമീകളുണ്ട് പാല താല് മുഹു പഠിക്കൽ കുറേ കാലം വീണ്ടിട്ടുണ്ട് മുപ്പത് കൊല്ലം കിട്ടാൻ പോയി എന്നെല്ലാം പറയുന്നുണ്ട് മുക്തദീ ഖബറും ചോദിച്ചാൽ പറയും അത് മുബത്തതായിരുന്നു അതിൽ പന്ത്രണ്ട് ഇതിലെല്ലാം അതിന് മുഹുത്തതാണ് അത് വന്നിപ്പിച്ച് പറഞ്ഞിട്ടാകുന്നില്ലല്ലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുക്തൊക്കെ സൗഹൃദ അത് വന്നിപ്പിച്ച് പറഞ്ഞിട്ടില്ല പാല താലുമുഹോ കുറേ കാലം നീണ്ടിട്ടുണ്ട് പക്ഷേ വലം ഞക്കാല മുജാമത്തിൻ അവൻ കേട്ടൽ മസ്മു ആകുന്നുണ്ടല്ലോ ആ കേട്ടതിന്റെ അപ്പുറം ഒരു കരിമത്ത് അപ്പുറം മുട്ടുകടക്കാൻ അവൻ കൊണ്ട് സാധിച്ചിട്ടില്ല കൊല്ലത്തിൽ അലൈഹി വസറത്തിൽ വക്കം മിൻ മുക്തസരിൻ മദൽ മുഹിംമി ഫിത്തഅല്ലം തഅല്ലമനി വല്ലെ അത്യാവിച്ചുള്ള ഉള്ളുകൊണ്ട് മാത്രം മദ്യക്കിട്ടുണ്ട് ഉസലദി അതൊരു വിഭാഗം വത്തമു വത്തമു മുത്തവാഫിൻ അനിൽ അമൽ അമലിന്റെ മേൽ എന്താകും അത് സമ്പൂർണമാക്കി കൊണ്ടേയിരുന്ന് അമലിന് ഒരു നുസ്താനും വെട്ടാതെയിരീതിയിൽ ഒരു ഘോമേതാ സമ്പൂർണമായ അമൽ വ മുറാഖബത്തുൽ കൽബിന മഉല്ലു പക്ഷെ നോക്കമോ ഫതഹ അല്ലാഹു ലഹും മിൻ ലഖായിൽ ഹിക്മ ഇതിമ്മത്തിന്റെ നഫായിഫുകളാണ് അല്ലാഹു തആലവനെ तौरന്നു കൊടുത്തതിന് മാ തഹറു ഫീ യഖൂലു ബില്ലൽബാ മുലൽ അൽബബിയുകളായ വലിയ ബുദ്ധിസാമർത്ഥ്യമുള്ള ആളുകൾ അഖിൽ പോലെ അമ്പരന്നു ಹೋಗും ഇവർ നിക്കൊണ്ടിരിക്കുന്നില്ല ആത്രമാത്രങ്ങട്ട് બહાર तौरന്നു കൊടുത്തതിന് postcss ആയേം ചില ബാക്കിട്ടുണ്ടാവുള്ളോ പടമതറിഗ ഖഗാന तौर കാണാൻ പാക വേണ്ടിയിട്ടുണ്ട് മിസ്താഹുൽ ഇൽഹാം ഉണ്ട് വലിതാലിക്ക് രണ്ടാളും വ്യത്യാസം മനസ്സിലായില്ലേ ആ ഈ ഈ തുറക്കപ്പെടുന്ന ഇവ കാത്തിക്കേണ്ടത് എന്നല്ലാണ്ട് എല്ലാ കിട്ടാതെ നോക്കിയിട്ട് മറ്റേ പഠിച്ചിട്ടും മുത്താലെഴുതി തീരെ കിട്ടും എന്ന് കണക്കൂട്ടി എന്നാൽ എത്ര മുത്താലു എന്നാലും അതിന്റെ ബോധ്യം ഒരുമുട്ടിനുണ്ടാവില്ല അല്ലെങ്കിൽ വായിച്ചിട്ട് അപ്പൊ തീരുക വലുതാലിക്ക് പറഞ്ഞു അർങ്ങിയതുകൊണ്ട് अमल ചെയ്തു കഴിഞ്ഞാൽ വർഫഹുള്ളാഹു ഇൽമമാനം ഞാനും അവനർഹത്തില്ലാത്തതിന്റെ ഇൽമൈ അല്ലാഹു താൻ അവന് എന്താകും ആനന്ദരമായിട്ട് അങ്ങോട്ട് പോയി കൊടുക്കാനാണ് വഫീ ബാദിൽ കുതുബിസ് സാലിഫുംമ്പ് കഴിഞ്ഞ പോയ കിതാബുകളിലുണ്ട് യാ ബനി ഇസ്രായീല ലാ തഖൂലു അൽ ഇൽമു ഫിസ് സമായി മൻ യൻസലു ബിഹി ഇലൽ അർദ് നിങ്ങൾ പറയണ്ട ഇൽമ് ആകാശത്തിലുണ്ട് ആരാണ് അതിനെ ഇറക്കിത്തരുക എന്ന് ചോദിക്കണ്ട ഇൽമ വരുന്നവൻ ആകാശത്തിലേക്കൊന്നും പോണ്ട വനാതി സുഹോമിൽ നിറഞ്ഞുമായി എസ് ആ ഭൂമിയുടെ അടിത്തട്ടിലാണ് ഇൽമുള്ളത് അതാരാണ് കോലീറ്റ് അടിയിൽ എടുത്തിട്ട് ഓൺലൈനിൽ വരിക ചോദിക്കണ്ട വലാമിൻ വറാജിൽ ബിഹാരി സമുദ്രത്തിന്റെ അക്കരയാണ് ഇൽമുള്ളത് മഞ്ഞാമ്പൂറോ ബിഹി അതെ നീന്തി കടല കാരാന്നെ പ്രത്യേക അക്കര കടത്തി തരിക അങ്ങനെയും പറയണ്ട പിന്നെ ഇൽമേടെ ഉള്ളത് അിൽമ് മജുരോ ലോഫി ലോപിക്കും നിങ്ങളെ കൽബിന്റെ ഉള്ളിൽ തന്നെ ഇരുമുണ്ട് ശാന്തമോ ബൈനയ്യ എന്റെ മുമ്പിൽ നിങ്ങളെന്താക്കണം നല്ല അടവ് സിദ്ധിവെച്ചിലെ വാങ്ങി ജീവിക്കും ഉള്ളതല്ലേ പറയുന്നുണ്ട് എങ്ങനെ ആതാബ് റുഹാനീയങ്ങളായ ആ വ്യക്തികളുണ്ടല്ലോ യുസ്മാനീയം റുഹാനി രണ്ടീനയിലുള്ളത് റുഹാനി റുഹാനിന്റെ ഇപ്പൊ നമ്മുടെ മനസ്സുപൊക്കെ ഉള്ളത് പണ്ണുകളടിച്ചുകൂടുന്ന റുഹാനുണ്ട് വെച്ചുകൾ വന്നിട്ട് ഇത് കട്ടൻചാലി കുറിച്ചിട്ട് ബെറുകയും കുറിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞ റുഹാനുണ്ട് അതല്ല ആരംഭാനി നമ്മൾ പെണ്ണെണ്ണിയിട്ടുണ്ട് മലായിക്കത്തുണ്ട് മുഖർദികളായ മലായിക്കത്തിന്റെ അറുവാഹുണ്ട് പിന്നെ നെഫ്സ് പറയുന്ന ആ റുഹാനി അവർക്കുള്ള ആതാബുകൾ നിങ്ങളെന്താക്കണം എന്റെ മുമ്പിൽ പാലിച്ചിട്ടുക്കുകയും നിങ്ങളുടെ അഹ്ലാസം കൊണ്ട് നിങ്ങൾ സ്വഭാവം ശ്രദ്ധിക്കുക എന്നാലോ ഒന്ന് ഹിറൽമീ കൊലോപിക്കും കൽബിന്റെ ഉള്ളിൽ ഞാൻ ഇൽമിൻ എന്നിട്ട് ഞാൻ അങ്ങോട്ടുള്ള ആഹ്ലാസിത്തരാട്ട യുഗത്തിയക്കും വയകുമ ആ ഇൽമുണ്ടല്ലോ നിങ്ങളാകെ മൂടിച്ച് നിങ്ങളെ ഹിൽമിന്റെ ബാഹങ്ങൾ മുക്കിയിട്ടുണ്ടാവുക ുംബാദ് ഇവരുള്ള ഗുഞ്ഞാവിൽ നിന്ന് പോയി അവരെ കൽവ് പൂട്ടിച്ചാരുടെ താക്കോലോട് തോന്നത്തില്ല കുറെ പഠിച്ചോട് പോയി കുറെ ഇമ്പതുകാരന് പോയി കൊറേ സാഹചര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് വലം തുസ്തഹ ഇല്ല കൊലൂബ് സിദ്ധിയക്കീന വസുഹതാന്റെ കൽബലിലാണ് തുറക്കപ്പെട്ടിട്ടില്ല ബാക്കിയെല്ലാവരും കൽബടിച്ചുകൊണ്ടാ പോയിരിക്കുന്നത് കൽബൽ തുറക്കലുണ്ട് തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കും ജമ്മതിന്റെ വിസ്തഹന്റെ ജമ്മായി താക്കോണ്ടല്ല മക്തഹന്റെ ജമ്മ മഫാത്തിഹു മജലിസ് മജാലിസ് എന്ന് പറയും ടെ ഖുറാനുണ്ട മസ്തഹന്റെ ജമ്മാണ ഖുറാൻ കൊർത്താനുണ്ട് ജമൻ ഇസ്ലാമി എല്ലാം കൊടുത്തങ്ങട്ടുണ്ട് മസ്തഹണ്ട് ജബ്ജും ഇസ്താഹിന്റെ മുന്ത എല്ലാം കൊടുക്കുന്നു അങ്ങനെ ചെറുത്തുമില്ലല്ല മെലിയാളാരോ തെറ്റിറ്റ് വരിയാൽ അത് തെറ്റി ചെല്ലിട്ട് അറിയാൻ വേണ്ടി അതൊന്നും പറയുകയില്ലാഹു എന്നായ താരോതി هل من الدلّاه رضي الله عنه غيبنم أكثر ملوانم اللّه من تلك الأن الله أنّاك داريّونا اباً لأيكو كُنْكِنِي آتّاليا صارقبڑلنّا وَلَوْلَا أَنَّ إِدْرَاكَ كَلْبٍ مَنْ لَهُو كَلْبٌ مِن نُورِ الْبَاطِنِ حَاكِمُنَّنَا إِلْمِ اللَّهِ إِلَّا وَرِنْ كَكْثَرِيَا يَا كَلْبُلُّ لُّا جَالُكُ ആ ഇതിറാക്കി ഒരു പ്രത്യേക എതിറാക്കാണ് അതെന്താക്കും ബാഹിറായ എൽമിന്റെ മുകളിൽ പോലും അധികാരം ചുമത്തും ബാഹിറായ എൽമ കൊണ്ട് വിധിച്ച ഒരു സാധനം എന്താക്കും അത് ശരിയല്ല എന്ന് പറയാൻ ആയി കഴിയും ബാസിന് ആ ഇരുമോൾ ഇതിറാക്കി ഇതാക്കൽ എന്താ പറയുന്നത് ലവലവുല അന്ന ഇതിറാക്ക കൽബി മൻ ലവു കൽബു ഒരു പ്രത്യേക കൽബുള്ള ഒരാൾ ആ കൽബുള്ള ആള് ഏത് കൽബ് നമ്മൾ ഇവിടെ നടക്കുന്ന എത്തിക്കൽബെല്ലാം പറഞ്ഞത് അല്ലെങ്കിൽ കൈകാര്യം ബാസിലാക്കി അതിനെപ്പറ്റി ഒരു ചർച്ചയേയില്ല അത് ആശുപത്രിയിൽ പോയി പറഞ്ഞോളൂ ആ കൽബുള്ള കൂട്ടർക്ക് കൽബിന് ഇതറാക്കുണ്ട് ആ ഇതറാറ്റ് എന്തുകൊണ്ടായിട്ടെ ബിന്നൂറിൽ ബാത്തിൽ ബാത്തിനായ നൂറ് കൊണ്ടുള്ള ഇതറാക്കി ഇല്ലായിരുന്നുവെങ്കിൽ അതല്ലായിരുന്നുവെങ്കിൽ ഹാക്കിമൻ ഹാക്കിമല്ലായിരുന്നുവെങ്കിൽ എന്തിന്റെ അല ഇമ്മിൽ ലാഹി നായറ ഇമ്മിൻ എതിരെ ഹാക്കിമൻ ഡമാക്കാല തൊള്ളല്ലാ അനിയത്തെല്ലാം പറയേണ്ടതില്ലായിരുന്നല്ലോ ഇത്തച് കൽബക്ക നിന്റെ കൽബിനോട് നീ പൊതുപത ഓറും പത്തുപെയ്തു ഇവറും പത്തുപ് ചെയ്ത് ഇവറും പൊത്തുവ ചെയ്ത് എല്ലാം പത്തുപ ചെയ്ത് ഞാനും എല്ലാം ഹാജറായി എന്നാലും നിന്റെ കൽപ്പിനോട് പത്തുപോയി ചെയ്യാണോ അങ്ങനെ മറ്റവർ പറഞ്ഞേ ഇവിടെ ബുഹാരില്ലേ താറാമോഹൻ കൽവിന്റെ തന്നെ ഇരുമിഞ്ഞൂരും ആമത്ത്റ്റവും ധരടക്കം കൽട്ട് വന്നോ അപ്പൊ പുറമെ എത്ര ചോദിച്ച് പത്മ ചെയ്താലും ചെയ്താലും ചെയ്താലും നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ചിലപ്പോ ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പൊ ലാഹിറായ വൈനഷ്ടവക്കെന്താ സാധനം ലാഹിറായ്മ എന്ന് പറഞ്ഞാലും നിന്റെ കൽവിനുള്ളിൽ പത്ത് മേടി ചിന്തിരിയോ ആ മാത്തിനാഥ് ഇതറാക്ക് കൊണ്ടുണ്ടാക്കും മാജറായി മിനെതിരെ തെളിവെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരാപത് നവാഫീലുകൊണ്ട് എന്നെ കൊണ്ട് അടുത്തടുത്തുകൊണ്ടേക്കും ഓരോ നാഫിലത്തിനും ഓരോ തക്കവർഭാസുണ്ടെന്ന് അറിയിച്ചത് അതിനൊരു അച്ഛൻ തകുല ലായത്താലേ പ്രയോഗം ലായ്മനാണ് അതിന്റെ അച്ഛം അവിടെത്തും ഹത്താ ഒഹിബു ഞാൻ അവനെ സ്നേഹിക്കും അള്ളാഹുത്താലം ഒഹിബും ഇവനാലായി മഹബൂബും അപ്പൊ ഞാനൊരാളെ മൊഹിബായി അവനെന്റെ മഹബൂബു ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ അടിഞ്ഞ് പ്രത്യേകിച്ചാലും ഇടപാടുണ്ടെന്നാണ് ഞാനവനെ മഹബൂബായി ഞാൻ മൊഹിബും മറ്റൊന്നെന്റെ മഹബൂബായി കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത് ഞാൻ തന്നെയെന്നാണ് കാണുന്ന കണ്ണും ഞാൻ തന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പത്ത് പത്തങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ ലായക്കാരുള്ള എത്തക്ക ക്രമയിലേക്ക് വെല്ലമാദ്രി എന്ന ചെറുത്തോട് കൂടിയാതി പറഞ്ഞു മഹമ്പത്തിന്റെ പൊതുവിലേക്ക് എത്തിക്കുന്നു ഫക്കമ്മിൻ വളരെ ആഴത്തിലുള്ള ചില മായനകൾ ഖുർആാൻ നിന്ന് കൽബിൽ മുത്തജദ്ദിദീൻ ദിക്കുർ ഫിക്കിറിന് വേണ്ടി മാത്രം തജർതായ കൽബിന്റെ ഉടമകൾ ആ കൽബിന്റെ ഉടമകളെ കൽബിലേക്ക് ഉണ്ടാവും വരുന്നതിന്റെ മാരണിയാണ് ഖുർആാൻ അസറാദ് പക്ഷേ എത്താൻ സുഖം അതിന്റെ ആ കുത്തുമാ തഫ്സീലിലേക്ക് ഇത്താകും നോക്കിയാൽ ഒന്നും നോക്കിയാൽ കാണുകയും ചെയ്തില്ല അതൊക്കെ കാര്യം ഒറ്റ തഫ്സീലും മനസ്സിലെന്ന് പറഞ്ഞിട്ടാണ് മറ്റവർക്ക് പയപ്പുണ്ടാക്കുക വരായ അപ്പാതിലും മുപ്പസ്ഥിരീൻ ഉപ്പസ്ഥിരീകളായ വരിവർ ഏതാക്കന്മാർക്ക് പോലും അതിലേക്ക് കണ്ടെത്തിക്കാൻ പോലും നന്നിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ചില അസറാദുകൾ ഖുർആാന്റെ ലക്തിയിൽ നിന്ന് കിട്ടാറുണ്ട് എന്നിട്ടോ ഇത് ശരിയോ തെറ്റോ വൈദംഗച്ചാലിത്തിൽ മുരീതിൽ മുറാക്ക് ഇങ്ങനെ മുറാക്കബേൽ കടിയുന്ന ഒരു മുനീദിനെ അത് മുൻകത്തിപ്പായിട്ട് വ അറാലൻ മുപ്പസ്ഥിതി ഉപസ്ഥിതി കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഏ നിങ്ങൾ പരിശോധിച്ചാട്ടെ ഇസ്തഹ ലോകവും അവർ അതിന് ശരിവെക്കൂന്നാവാ ശരിയായ ഉപസ്ഥിതി കൊണ്ടുപോയിട്ട് ഇനി വല്ല പണം കൊണ്ടോന്ന് നോക്കിയിട്ട് ഓർത്തിയ അതിന് സമ്മതിച്ചു ഓർക്കിലെത്താന്ന് തുടങ്ങിയില്ല അവർ അത് അറിയുകയും ചെയ്യും അന്നദാലികംബുകൾ കിട്ടുന്ന ഒരു തമ്പിഹാത്തിൽ പെട്ടതാണെന്ന് ആയിരിക്കും ഓർ സംവദിക്കലുണ്ടായി അസൂയയില്ലാത്ത മുഹത്തിനികൾ കൊണ്ടു കൊടുക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ എഴുതിയെ വാദിച്ചു വിടുമെന്ന് വാദിക്കുന്ന ഊട്ടർ പിന്നൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തമ്പിഹാത്തിന്റെ ബാക്കി আল্লাহু তাআলা নুতফাতালিম পত্তাদান আরকুন আরকুন বিলহিমিল আদিয়াতিল মুতাওয়াজহিহতি ইলাইহি আল্লাহু লিত তওয়াজহুয়ি তেরিঝিকনা আছিননাদামা ইহিমাতিন্ডে উডমগলক আল্লাহু জেইদ কোডুকুন আলসাফিল পত্তাদাগনু ইনুম আরকু বকানা আলিক ফি উলুমুল মুকাছাফাতি ওয়া আসরার উলুমুল মুআমালাতি ওয়া তাকাইকি খাওাসিরুল কুলুম ഇതുപോലെ തന്നെ ഉലോ മുൽമുക്കാ സഫയിൽ ഇപ്പൊ കുർഹാനതി മാനേജ് കിട്ടുന്ന പറഞ്ഞു തന്നത് ഉലോ മുൽമുക്കാ സഫയിലും അതുപോലെ മുഹാമലന്റെ ഉരുമാകെ രണ്ടു തരത്തിലും ഒന്ന് എരുമിൽ മുക്കാശഫ മറ്റൊന്ന് എരുമിൽ മുഹാമല ഇരുമിൽ മുഹാമല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പണി എനിക്കെടുക്കാനുണ്ടാവും ഇന്ന ഇന്ന പണി പ്രവർത്തിക്കാൻ വെറുതെ നേടാനോ അല്ലെ ദോഷം പൊറുക്കാനോ ആവശ്യമായി പോയി പണിയെടുക്കലായിരിക്കും മഴ എരുമ്പുകൊണ്ടുള്ള കാര്യം അത് പഠിക്കുക ആ പറഞ്ഞ പോലെ പണിപ്പെടുത്തൂടാം ഇതാണ് ഓരോ മാൻമലുണ്ടായത് ഓരോ മോൽ മുക്കാശഫയിൽ എന്താണെങ്കിലും ഒരിക്കലും പണിയെടുക്കാനുള്ള അവരെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുന്ന ആളവരാണ് മലയാളത്തിന്റെ മലയാളത്തെ എന്താണെന്നല്ലോ അറിഞ്ഞു വെച്ചാൽ ആ അറിവ് കൊണ്ടൊന്നും അനച്ച ചെയ്യേണ്ടിയില്ലല്ലോ ഒരു അറിവാരൻ ആകാം അതിനെപ്പറ്റിയല്ലോ എനിക്ക് വിവരം ഉണ്ട് എന്നാകാം അതേ സ്ഥലത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പഠിച്ചാൽ ആ ഒന്ന് ഇരുമേൽ മാമ്പലിയിൽ അപ്പൊ ഓരോമൻ മാമലയ്ക്ക് ആ ഇൽമ അങ്ങനെ വരാൻ കാരണം എന്താ ചില അസറാർ ഉണ്ടാവതിൻ്റെ ഉള്ളിൽ സെറായ ഒരു ചിക്കനിന്റെ കാലങ്ങളെടുക്കൊരു ഹുക്കുമ്പ് ആ ഹുക്കുമ്പ് എടുത്ത് നോക്കിയാൽ ഇന്ന് അസറാറാണ് അതിന്റെ ഒരു അസറാറോ ഹിക്മത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടാറുള്ള മസാലകൾ അത് മെ തട്ടിച്ച് നോക്കിയാൽ മസാല ഉണ്ടാവണോ അന്നരം ബുദ്ധിമുട്ട് പിന്നെ പോക്കുണ്ടാൽ ഇങ്ങനെ വരേണ്ടെന്നും അതുപോലെ കൊലോബുകളിൽ വരുന്ന ഖവാസിലുണ്ടാകും ഖവാസെന്ന കമ്പിലേക്ക് പതിയുന്ന ഓരോ ചിന്താഗതിക്കാണല്ലോ കവാസിലെന്ന് പറയും അത് ചിലപ്പോ നമ്മളിങ്ങനെന്ന് പറഞ്ഞല്ലോ മലായികത്തിന്റെ ഹവാസിലായിരിക്കും അല്ലെങ്കിൽ ചൈത്താന്റെ കവാസിലായിരിക്കും ചിലപ്പോ ലെഫ്റ്റിന്റെ ഹവാസുക കവാസരം മറ്റൊന്നും കൂടി ഇപ്പൊ നമുക്ക് മുത്തരിക്കാൻ പറ്റുന്നു ഇപ്പൊ മുത്തരിക്കണോ ഈ ചിന്താഗതികളിൽ ഒന്നും ഉണ്ടാകും ലെഫ്റ്റിന്റെ ഖവാ അത് മലക്കുമല്ല ചൈക്കാനും അല്ലല്ല വല്ലാണ്ട് പെട്ടെന്ന് റോട്ടൽ ഉണ്ടാകാൻ നോക്കുമ്പോൾ അവിടെ അടങ്ങാനും അല്ലെങ്കിൽ രാജാടാൻ നോക്കും മിഹാദോട് തന്നെ ഉണ്ടാകുന്ന ഈ വിഷയത്തിലൊക്കെ ഇത്തരം ആളുകൾക്ക് പല തരത്തിലുള്ള ഒരു മോളും ഉണ്ടാകുന്നു എന്തുകൊണ്ട് ഇന്ന കുല്ലിൽ മിൻഹാദിയിൽ ഒരു ഈ പറയപ്പെട്ട ഒരു റൂമിൽപ്പെട്ട ഓരോരുമും ും അതിലേക്ക് ഇറങ്ങുന്നത് അവനെ കടൽ നിന്ന് അമ്പസരിയാ പറഞ്ഞു കൊടുത്തത് അല്ലാഹത്താലെ ഭാവിച്ച് കൊടുത്തൊരു അളവുണ്ടല്ലോ ആ അളവൽ തിരിച്ചിറങ്ങും നല്ല നല്ല അമരുകൾ അമലിന്റെ ഹസ്സിനാൽ അവന്റെ തോപ്പി കിട്ടപ്പെട്ട ആ കണക്കനുസരിച്ചും ഒരിക്കലും നോർക്കപ്പെടും അത്രക്കാടമാന്റെ എന്ന് പറഞ്ഞാൽ ഓരോ പതിവരെ പാത്രങ്ങളാകും അത് ചെറിയ പാത്രം ഉണ്ടാകും വലിയ പാത്രം ഉണ്ടാകും ചെറിയ ചെറിയ കുപ്പി ഉണ്ടാവും ചെറിയ അത്രയ്ക്ക് ഉള്ളപ്പോൾ ചെറിയ മുട്ട കുപ്പി ഉണ്ടാവും ഏ വലിയ ചില വലിയ സ്വന്തം കുപ്പി ഉണ്ടാവും ഇങ്ങനെ ഓരോരു ഔഹ്യത്തുകളാണ് അപ്പൊ ഹൈറുഹ കൊതോപാകുന്ന വെച്ച് ഏറ്റവും ഹൈറായ പാത്രങ്ങൾ ഹൈർ ഹൈറിന് എത്ര കൂടുതൽ ഒരുമിച്ചു കൂട്ടിയോ ആ കൽബുകളാണ് നല്ല പാത്രം പാത്രത്തിന് വ്യത്യാസം ജനങ്ങൾ മൂന്ന് തലക്കാരാണ് ഒന്ന് ആലിമും ഒന്ന് റബ്ബാനിയായ ആരും റബ്ബുമായി ബന്ധപ്പെട്ടതിനാണ് റബ്ബാനി എന്ന് പറയുന്നത് റബ്ബുമായി ബന്ധപ്പെട്ടും ഒന്ന് അവർ വലിയ സ്ഥാനത്തെത്തി രണ്ടതോ വ മുത്താലിമ കുന്യാഹത്തിൽ രക്ഷാമാർഗം തേടിക്കൊണ്ട് പഠിക്കുന്ന ശരിയായ മുതാലിമകൾ രണ്ട് മൂന്നാമത്തതോ വജുൻ പിന്നെ കൊച്ചി പോയത്തക്കാർ റു ആണ് റു ആൾ തന്നെ കേട്ടേന്റെ എല്ലാം പിന്നാലിങ്ങനെ ഓടിയിച്ച് അത്തും പാവും ഇക്കുള്ളിനാൻ തസ്തീത് തന്നെ എവിടുന്നെ വച്ചിട്ട് ഇങ്ങനെ അതിനെല്ലാം പിന്നാലെ പോകുന്ന ആൾ അവിടുന്ന് അതും കേട്ട് ഇവിടുന്ന് കേട്ട് അതും വായിച്ച് ഇതും വായിച്ച് ഇങ്ങനെ അലഞ്ഞു ആ പാർട്ടിയിലും പോയി ഈ പോയി പിന്നെ പാർട്ടിക്ക് വേണ്ടി വെള്ളം എടുക്കലായി ഇങ്ങനെ കാലം കഴിച്ച കുറേ സമയം ഉണ്ടോ ഓരോ ജമീരൂനമായ കൊല്ലി രീഹിൻ ഏത് കാറ്റ് വന്നാൽ ആ കാറ്റൊപ്പിച്ചിട്ട് ഇങ്ങനെ അടിക്കൊള്ളു മൂന്നാം തരം അവര് ഇൽമിന്റെ നൂറ് കൊണ്ട് വെളിച്ചം പോലും ഉറപ്പു കിട്ടിയിട്ടില്ല അവർക്ക് സ്വന്തം വെളിച്ചില്ല എന്നല്ല ഭാഷയിൽ വെളിച്ചം കത്തിച്ച വെളിച്ചുണ്ടല്ല ആ വെളിച്ചത്തിന്റെ മുന്നിൽ പോലും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല വലം നല്ല ഉറപ്പുള്ള ഒരു തൂട് കൊണ്ടവർക്ക് ചാലിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ തൂണുമ്പാതെ കിട്ടുന്ന നൽകാൻ അർത്ഥത്തില്ല എന്ന് വെച്ചാൽ ഒരു കാര്യമായൊരു ദീപോ നേതൃത്വത്തിന്റെ പിന്നാലെ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല عن العلم خير من المال مدرني كان خيرا عن العلم العلم يجهد سقا وامت تهديس المال علم منكاكم نيന്തاكم مدرني anggottakkandi oru alkar repottandi ullu വ العلم يجذكو الانفاقي വ ജിചരിലേ ആ ilmu ചെലവാക്കും തോറും വേറലാണ് വൽ മാളിയും കൊത്തുഹലിനും ചെലവാക്കും തോറും സമ്പത്തുണ്ടാകും തീരലാണ് സംര വ്യത്യാസങ്ങളാ പറയുന്നു വൽ ഇൽ മുദീനും ദീനാണ് അതുകൊണ്ട് അമൽ ചെയ്യാൻ കഴിയും തൊപ്തസമുദൂത്തി യാത്ത് കാലത്ത് നല്ല നല്ല സോഹാസുകൾ അതുകൊണ്ട് സമ്പാദിക്കാൻ കഴിയും മരണത്തിന് ശേഷം നല്ല സംസാരം ഓലപ്പെട്ടി അയാൾ അലിം ആയിരുന്നു അഖിലായിരുന്നു സാരിഹായിരുന്നു എന്നുള്ളവരെ മനാസിമുകൾ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ അതായത് മുകളിൽ നിന്നാണ് ചരിത്രങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ ഇതാണ് മൊതലിനെതിരെ വിളിക്കപ്പെടും ഈ മൊതലട്ട മുതലാകുന്നു ഈ മുതലി ഏ ഇപാന്റെ മുതലാകുന്നു ഈ മുതലിൽ നിൽക്കാത്ത കൊടുക്കേണ്ടതാകുന്നു ഇതിനെല്ലാരെ വിരിക്കുന്നു ഇൽമ വിരിക്കുന്നു മൊതലിക്കെതിരെ ആ അങ്ങനെ മാടാളെ പൊളിച്ചോക്കുറ്റി വമം ഫൽമാലി കണ്ട മുതലിന്റെ മംഫാത്ത് എന്താകും അത് മുതല് നീങ്ങലോടുകൂടി അതിന്റെ മമ്പാത്ത പോയിപ്പോകും പിന്നെ മുതലിന്റെ സൂക്ഷിപ്പുകാറും മരിക്കും പിന്ന അവർ ജീവിച്ചിരിക്കുന്നവരായി വൽ അഹ്യാവും ബാബ് എന്നാ ഇൽമിന്റെ അഹനുകാറോ കാലം ബാക്കിയാന്നർത്ഥോട് മരിച്ചാണ്ട് ബാക്കിയാവുന്നൊണ്ട് ഇത് ഇപ്പൊ ശാരീരികമായ ഒരിക്കില്ലെന്നല്ല പറഞ്ഞതിനർത്ഥം ആ സുമ അല്ല എന്നാലും അവർക്ക് ഹയാത്രണ്ടല്ല ഹൈലോണ്ട് പറഞ്ഞാലും നിങ്ങൾ ആടൊന്നും ഹൈവൊന്നും പറഞ്ഞില്ല എന്നാൽ തന്നെ അവർക്ക് ഹയാത്രേ വലാത ഹന്നല്ലതിനെ കുത്തിവെച്ച് ഈ ചബി അല്ലായ അമ്പാത്തവർ സുമ്മി ഈ ചബീനല്ലേ ഇവര് ആദ്യം പറ്റാടും ഇവരെല്ലാം ആദ്യം പെട്ടെന്ന് ഇവർക്കുമായും ബഹിചരിച്ചുകൊടുക്കുന്ന മാർഗമാണ് ഓർഡർ ചെയ്യുന്നു സുമതായിക്കെ പറഞ്ഞു അലിറൊങ്ങല്ലാതുകൊണ്ട് നെടുമൂർപ്പെട്ടു ഇതൊന്നും പറ്റുന്ന ആളില്ലല്ലോ നന്ദ കാരണം പറഞ്ഞത് എന്താ ഇതിനുള്ളിലുണ്ട് ധാരാളം ഇൽമ് ഇത് വളർത്തി കൊടുക്കാൻ പറ്റി വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വിവാഹം ആളുകളെ കിട്ടി തിരക്കുള്ളിൽ നിന്നതിന് അപ്പൊ ആരും കിട്ടുന്നില്ലേ വല്ല അതി താലിബൻ കൈറാമാകുമോൻ വിശ്വസിക്കാൻ കൊള്ളാത്ത താലിബിനെ അനിച്ചു വിട്ടും അവനോട് എന്തെങ്കിലും പറഞ്ഞുകൊടുത്താൽ വിടുന്ന് കേട്ട അപ്പുറം വരുന്ന ഒട്ടിനോണക്കിട്ട് പസാതണ്ടാക്കായിരിക്കും ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റൂലവനാണ് ദീനിന്റെ ആലത്തിനെ പിടിച്ചിട്ടുണ്ടാക്കും ദുഞ്ഞ വില തേടാൻ വേണ്ടി ഉപയോഗിക്കും ചെയ്തുകൊടുത്ത ജന്മത്തുണ്ട് ആ നിയമത്തെ ഉപയോഗിച്ചിട്ട് അള്ളാ ലൌലിയാക്കൾക്കെതിരെയാണ് അവൻ രംഗത്ത് വരുന്നത് അള്ളാഹുബിന്റെ ഹുജ്ജത്ത് ഉപയോഗിച്ചു കൊണ്ടിട്ടെന്താക്കും പടപ്പുകൾക്കെതിരെ ഇവൻ ബലിയാടാകാനാകുന്നു ഇതാണ് മഹമ്മൂനായ ഒരു താലിബിന്റെ അവസ്ഥ അല്ലെങ്കിലോ മറ്റൊരു കൂട്ടരുണ്ട് ഹക്കിന്റെ ഹലിക്കാർക്ക് കീഴുതുമ്പോൾ േ പക്ഷേ രാഖി ഞന്തനിച്ചു ഫി കൺ അവന് ആയിരുന്നു ശുഭഹത്തി എന്തെങ്കിലും ശുഭമാണ് ഒരാളിങ്ങനെ ഒന്ന് ഒന്ന് പിറ്റിച്ചു കൊടുക്കാൻ മതി അപ്പോഴേക്കോന്റെ മനസ്സ് നേരത്തെ പറഞ്ഞല്ലാം മോളിക്കുന്നുണ്ടോ എല്ലാം പറഞ്ഞു ഹത്തിന്റെ കൃത്യകാലത്ത് ശരി നമ്മൾ തന്നെല്ലാം വിളിക്കിയിരുന്ന് നേരത്തെ എല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാം മോചി ഈ പറഞ്ഞെല്ലാം വൃതി എന്താ ഒരാറത്തലവും അവനൊരു സ്വയം ബസ് ഇറത്തില്ല ഹസിൻഹരികാർക്ക് ഇപ്പൊ ഇപ്പോഴത്തെ ആളുക തന്നെ അവനക്ക് ആരോടും എത്രയാവുന്നില്ല മറ്റൊന്നും എത്ര ആൾ വരെ നടകില്ലേ ഖുറാൻ എഴുതിട്ടെന്താക്കും കൽഫിനെതിരെ അവര് ആക്കൾക്കെതിരെ ഇവർക്ക് കീഴം നാപവും വീണ്ടും ഊർജ്ജവും സമയവും ചെലവാക്കിയിട്ട് അവരെ ആക്കൾ ചീത്ത വരാനാകുന്നു അങ്ങനത്തെ ഒരു കൂട്ടിപ്പോ ഇവറോ എന്താ ഹസിൻഹരിക്കാർ പറഞ്ഞൊക്കെ ശരി സമീന വാർത്ത ഞാൻ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും ഇഷ്കാലാക്കി ആയിട്ട് കഴിഞ്ഞാൽ അതില് മാറിച്ച് അവരുടെ മുജാക്കന്മാരായിരുന്നെല്ലാം കേട്ട എന്റെ തിമാനെ പറ്റുന്നെല്ലാം കേട്ടിങ്ങനെ വെച്ചോ അപ്പുറം പറ്റിപ്പറ്റിയും മുതായത്തിന്റെ പരിപാടിക്ക് പോയി ഇത് തിയച്ചും ബാസിലാക്കിയിട്ട് ചോദി എന്നോ ഇന്നലെ രാജ്ടോട്ടും മുതായപ്പ് തികച്ചും തന്നെയാണ് ഓരോ കറിയൊന്നുമല്ല ഓറ് വന്നേ തിരി എന്താ അപ്പൊ സ്വയം തീരുമാനിക്കാനുള്ള വസീതത്തില്ല അപ്പൊ ലാത വലാതാക്ക അതുവില്ല ഇതുവില്ല അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എടുക്കേണ്ട ഇതിരില്ല ഇതാണ് രണ്ടാമത്തെ അത് അല്ലെങ്കിലോ അവ മൻഭൂമമ്പില്ല അല്ലെങ്കിലോ സുഖാഡംബരങ്ങൾക്ക് ആയിട്ട് പൂണ്ടു പിടിച്ചിട്ട് അതിലേക്ക് ബെറിയുമുണ്ട് ഒരു കുട്ടിയാണ് എനിക്ക് കിട്ടിയിരുന്നു ദുഞ്ഞാവിനെ ചണവാത്തിന്റെ തേട്ട് വിഷയത്തിന് വാൻ നല്ലോണം തെളിച്ചു കൊണ്ടൊക്കെ എവിടെയും കടിച്ചു പിടിച്ച് നിക്കൂല ബ്രേക്ക് എവിടെയും ഉണ്ടാവില്ല അങ്ങനെ പോകും തലിച്ചെന്ന് പറഞ്ഞാല് ഇറക്കത്തിൽ വെച്ച് ബഡ്ജിയും അല്ലെ ഉണ്ടായാലും എങ്ങനെ രണ്ട് പൊയ്ക്കൊണ്ടില്ല അതെ തലിച്ചു ബ്രേക്കില്ലാത്ത കാണണോ വെളിക്കുമ്പോ ഒരു മുറിച്ച് പിടിക്കുന്നുണ്ടല്ലോ മുറിച്ച് പിടിച്ചാൽ നിന്ന് അതല്ല തലിച്ചാണ് നല്ല ഒഴിച്ചിന് കൂടെ പോകും ഇതാണ് മൂന്നാമത്തെ ഒരു താലിബ് നാലാമത്തെ ഒരു താലിബുണ്ട് മുതലുകൾ ഒരുമിച്ചു കൂട്ടുന്ന വിഷയത്തിലും അത് സൂക്ഷിക്കുന്ന വിഷയത്തിലും ഇവന്റെ തടിഹവാക്കൊപ്പിച്ചിട്ട് അതിനായിട്ട് പൂണ്ടുപിടിച്ചത് കൂട്ടാണ് മറ്റൊന്നും ഇവരോട് സാദൃശ്യപ്പെടുത്താൻ നല്ല സാധനം ഉണ്ട് ഇവിടെ ഈ മേഞ്ഞെടുക്കുന്ന ആളും കോട്ടയുണ്ടല്ല മൃഗം ആ മൃഗം ഇവർക്കെല്ലാം വ്യത്യ ഉദാഹരണം ആകെ പഠിക്കാൻ വന്നാൽ കിട്ടുന്ന താലിബിനെ കിട്ടിയ കോളേജ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ആരും എരുമ്പോർ നടക്കേണ്ടതുണ്ട് നാനിനും പറഞ്ഞില്ലേ ഒന്ന് കുറച്ച് പറഞ്ഞാൽ തിരിഞ്ഞു പക്ഷേ ആണ് വിശ്വസിക്കാൻ പറ്റില്ല മറ്റതോ ഹാക്കിന്റെ ഹരിതാർക്ക് ബരിപ്പെടും പക്ഷേ അപ്പുറത്തൊന്ന് വിശ്വാസികരുതേജ് തട്ടിപ്പൊളിച്ചു ഈ പറഞ്ഞെല്ലാം പോയി വെറുതെ അതാ തിരിയുന്നു എല്ലാം സഹബാത്തിന്റെ വിജയത്തിൽ നന്നായിട്ട് പൂണ്ടുപിടിച്ചാണ് അല്ലെങ്കിലോ മുതൽ ഒരുമിച്ചൂട്ടാനായി ഇവരല്ല ഞാനെതിനോട് വമിക്കേണ്ടത് ഏറ്റവും നല്ല ഉദാഹരണം ഈ മേഞ്ഞ നടക്കുന്ന നാൽക്കാലി മൃഗങ്ങളാണ് അതുതന്നെ എന്നിട്ട് പറഞ്ഞു നല്ലാഹും ഇങ്ങനെയല്ലേ ഇൽമ മൂത്തായി പോയത് അതിന്റെ ഭൻസിൽ നിന്നാളല്ല അതിന്മിന്റെ ഹാമി ഓർമ്മലോട് കൂടി കൊടുക്കാൻ പറ്റുന്ന ആളെ കിട്ടാൻ ഞാൻ ഇൽമ അതോടൊപ്പം കണ്ട് പോയല്ലോ ഇങ്ങനെയല്ലേ ഇൽമ മരിക്കല് എന്നാലും പറയു സുമ്മാൽ ആ തഫലൂരിൽ അറിഞ്ഞു എന്നാലും ഭൂമി ഹാജിയാകില്ലാഹിബിൻ അള്ളാഹുബിന്റെ ഹുജ്ജത്ത് കൊണ്ട് നിലനിൽക്കുന്ന ഒരു കായ്മില്ലാണ്ട് ഭൂമിയിൽ നിൽക്കില്ല ഇമ്മ ലാഹുറും മക്സൂഫൻ ഒന്നെങ്കിൽ മക്സൂഫായ ലാഹിറായി തന്നെ അത്തരക്കാരെ കാണാൻ കഴിയും സിഖു കൊണ്ടല്ല നിൽക്കുന്നതാണല്ലേ വ ഇമ്മും മക്കുഹൂറും അല്ലെങ്കിൽ മക്കുഹൂറായ ഹായിഫായിട്ട് കഴിഞ്ഞോളുന്നുണ്ടാവും അവർക്ക് പറയണമെന്നില്ല പക്ഷേ നിയമം അനുവദിക്കുന്നില്ല ഒരു പേടിച്ചിട്ട് പറയാണ്ട് നിൽക്കുന്നുണ്ടാവും ഒന്നെങ്കിലും ലാഹിറും മക്സൂഫായിട്ടുണ്ട് അല്ലെങ്കിൽ ഹായിഫും മക്കുഹൂറായിട്ടുണ്ടാകും അതെന്തിനങ്ങനെ ബാക്കി ലോകം ബാക്കിയാവൂല എന്ന് പറയുന്നത് ഹൃജ്ജത്തുകളും ബാത്തിലായി പോകാതിരിക്കാൻ അള്ളാഹു താല ഇങ്ങനെ കൊച്ചുകൂട്ടരാൻ നിർത്തിയിട്ടുണ്ട് ആ ഉജത്തോട് ലാഹിറായിട്ട് നിലനിൽക്കും ഒരു നല്ല ധൈര്യത്തോടെ പറയും മറ്റ് ചിലരോ ഉപകരിച്ചിട്ടൊന്നും പറയൂല എന്നാലും ഓർക്കെ വിജത്തുണ്ട് വക്കം ഉലായിക്ക പക്ഷേ അത്തരത്തിലുള്ള നിലനിൽക്കുന്ന ആള് എവിടെയാണുള്ളത് എത്രയാണുള്ളതെന്ന് പറഞ്ഞു തന്നൊക്കെ വളരെ തുച്ഛം എന്നർത്ഥം എവിടെയാണ് എത്രയാണുള്ളത് അതാ എണ്ണത്തിനാൽ അവൾ വളരെ ചുരുക്കമാണ് അദേ അവസരം അല്ല അടമൂന കതുറൻ അവടെ സ്ഥാനബലിപ്പത്തിനാൽ ഏറ്റവും ആളും അവരാകുന്നു ആളും മസ്ക്കൂതത്വൻ പക്ഷെ അവർ എവിട തേടി നടന്നാൽ അവർ അതിനെ ഇവിടെ കണ്ടുകിട്ടാനില്ല പരതി വന്നാലും ഇവിടെ കിട്ടാനില്ല മസ്ക്കൂടാ വാംസാലവും പിൽക്കുലോ അഭിമോജൂദത്വൻ പക്ഷെ അവർക്കുള്ള സിപ്പാത്തകൾ അവർ ഇന്ന് ഇന്ന് ഉൾക്കുള്ള ആളുകളാണെന്ന് കഴിവുകളിൽ അവർ മോജൂദാണും അവരെ കൊണ്ടാണ് അമ്മാഹുതാന കാക്കുന്നത് അവന്റെ ഹൃദത്തുകളെ കാക്കുന്നത് വീരന്റെ കഴിവുകളുണ്ടല്ലോ യുവതി ഊഹും അവർക്ക് ശേഷമുള്ള ആളുകൾക്ക് ആ ഹൃദ്യത്തുകളെ അവരെന്താക്കും നിക്ഷേപിച്ചു കൊടുക്കും പുറത്തിരിഞ്ഞു പോകുന്ന അവസരത്തിൽ അവരോട് സാദൃശ്യമുള്ള കൊലോമ്പുകളിൽ അവരെന്താക്കും അതിനാ വിരച്ചി അതിനെ നഷ്ടം മുളപ്പിച്ചിട്ടുണ്ടായിരിക്കും പറയുന്നു ഇൽമുണ്ടാക്കി എന്നറിയോ അവരെ കൊണ്ടുപോയിട്ട് അങ്ങനെ തള്ളിയെത്തിച്ചിട്ടുണ്ട് എവിടത്തേക്ക് ഏതൊരു കാര്യത്തിന്റെയും ഹസീഖത്തിന്റെ മേലിലേക്ക് ഇൽമ അവർണ്ടാക്കും ഉന്തി ഉന്തി ഉന്തി കൊണ്ടുപോയി തെറ്റിക്കൊടുത്തിട്ടുണ്ട് ഇൽമാണിവിടെ തള്ളുന്നു അതുകൊണ്ട് പമാറോ റൗഹൽ യക്കീൻ യക്കീനന്റെ ആ റൗഹണ്ടല്ലോ അതിന്റെ ഖാദരി അതവർ മുമാശറത്തായി നേരിട്ട് കിട്ടി അതുകൊണ്ട് ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയാസമാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഇവർക്കെന്താക്കും വളരെ ലഘുകരമായിരിക്കും ആഡംബരക്കാർക്ക് നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞാലും നടക്കൂല അവർക്ക് സുഖമായി ഉറങ്ങിയിട്ടുമ്പോൾ ഒത്തുമണിക്കല്ലേ എണീക്കുന്നുള്ളൂ പക്ഷെ ഇവർക്ക് നേരത്തെണിക്കുന്നതിന് പ്രശ്നമില്ല ആഡംബരക്കാരായി ജീവിക്കുന്ന ആളുകൾക്ക് പ്രയാസമായി തോന്നുന്ന കാര്യം ഇവർക്കെളുപ്പം വാനിച്ചോ വിമസ്തവഹിന്ധും വാക്കിരുൻ വഫലത്തിന്റെ രഹരികാർ വഹശത്താകുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതുകൊണ്ടെല്ലാം ഇവർക്ക് നേരം പോക്കണം ഈ നാ വഫലത്തിന്റെ രഹരിക്കാർക്ക് നേരം പോക്കാതെ ഇങ്ങനെ അത് പോയിട്ട് ഇങ്ങനെ വഹാണ്ടി പോയിട്ട് ഇങ്ങനെ നടന്നെടുക്കണം എന്നാൽ ബസും കണ്ട് വണ്ടിയും കണ്ട് അതും കണ്ടിതും കണ്ട് കക്കൂസും കണ്ട് ചൂടിയും കണ്ട് സൂപ്പർ മാർക്കറ്റും കണ്ട് നല്ല ഈനാസായിട്ട് നേരെ മൊക്കായിട്ടിങ്ങനെ വരുന്നുണ്ടാവും ഇവർക്കോ ഹൽവത്തിലിരുന്നാലാണ് ഇവർക്കുള്ള ഈനാസ് കമ്പ്ലിറ്റ് ഉണ്ടാവും അപ്പൊ ഇവർക്ക് മഹറ്റത്തുണ്ടാകുന്ന രംഗത്ത് വാസനീയങ്ങൾക്ക് വഹച്ചത്താവുന്ന രംഗത്ത് ഇവർക്കെന്താക്കും ഈനാസ ഉണ്ടായിത്തീരുന്നു സഹിബു ദുഞ്ഞാബി അബദാൻ തടി കൊണ്ട് മാത്രമേ അവർ ദുഞ്ഞാവിനോട് സ്വഹബത്ത് എട്ടിട്ടുള്ളൂ തടി ദുഞ്ഞാവിനുണ്ട് പക്ഷെ അർവാഹു മഹല്ല കത്തും വിൽമഹിൽ അല്ല അവരുടെ റോഹകളാണെങ്കിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മഹല്ലുള്ള അരിയിലേക്കാണ് റോഹ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ തടി തടി മനസ്സാടിയും അല്ലെ ഉല്ലാഹി ഇവരാണ് അള്ളാഹന്റെ വളർത്തുകളിൽ ഔലിയാക്കി വൗ മനാഹുഹു അള്ളാഹുവിന്റെ വിശ്വസ്തന്മാരായ അമീരന്മാരും അവരാണ് ി ഭൂമിയിൽ അള്ളാഹുവിന്റെ വഴി പണെടുക്കുന്ന അമ്മാലീകളും അവരാണ് എന്നാന്റെ വീനിലേക്ക് ക്ഷണിക്കുന്ന താഴികളും ഇവർ തന്നെയാണ് കേട്ടോ തുമ്മ ബക്ക ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ അണിയിറങ്ങിയുള്ളതായിട്ട് കരഞ്ഞു മക്കളെന്നിട്ട് പറയുന്നത് അവർ ഒന്ന് കാണാൻ വേണ്ടി എനിക്ക് എത്ര ഇതിലേ ചോക്കാം ഒന്നോടെ കണ്ടുപിടിച്ചു ു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ആ നേതാക്കന്മാറും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അവരൊന്ന് കണ്ടുകെട്ടിങ്ങനെ തിരക്കുകളില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചൗക്ക പറഞ്ഞി നമ്മുടെ ഇമാ പറയുന്നു നമ്മുടെ അവസാനം പറഞ്ഞ വാമുണ്ടല്ലോ ദുഞ്ഞാദിനി പത്ത് ഋജത്തുകൊണ്ട് നിലനിൽക്കുന്ന ആളുണ്ട് എന്ന് പറഞ്ഞു അത് അഹീറൽ അതാണ് ആഹിടത്തിന്റെ ഒരമായി പറഞ്ഞത് ബാഹിർ മക്സുഫുണ്ട് ഹൈഫും മക്കഹൂറുണ്ട് അവരുടെ എണ്ണത്തിൽ വളരെ ചുരുക്കമാണ് തടി കൊണ്ട് അവരെ കണ്ടുകിട്ടാൻ പ്രയാസം പക്ഷെ മനസ്സിൽ അവരെ പറ്റിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ഇന്നും നൗസാഫ് ഉണ്ടെന്ന് കുറെ പറഞ്ഞിട്ടതാണ് ഇതാണ് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഇൽമെവിടുന്ന് കിട്ടും അതിന്റെ അക്കുതരും കെട്ടത് അമലിൽ കൂടിയാണ് കലാ ഇല്ലാ റോമിയുണ്ട് മുജാഹദന്റെ മേലെ പതിവാക്കൽ കൊണ്ടുംമൽ അമലുകൊണ്ടും മാത്രമേ അതിന്റെ അക്കത്തറും ഇത്തി ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞ നടത്തൂ ഇനി വമ്മിന്റെ പേരെ അച് കിട്ടുന്നെല്ലാം ഇനായത്തിൽ യസീനെ ചക്തി കൂട്ടാനായിരിക്കണം ഇവന്റെ ശ്രദ്ധ മുഴുവനും ഉണ്ടായിരിക്കണം അടുത്ത രക്ഷണം ത്തിനേക്ക് വേണ്ടുന്ന ലക്ഷ്യങ്ങളല്ലേ പറയുന്നു യക്കീനിനെ ശക്തി കൂട്ടത് കൊണ്ട് അവൻ വളരെയധികം ശ്രദ്ധിക്കുന്നവനാകണം എന്തുകൊണ്ട് ക്യാപിറ്റലാണ് യക്കീൻ ക്യാപിറ്റലില്ലാണ്ട് അച്ഛൻ ഞാൻ അല്ലുഹു എന്നാ പറഞ്ഞത് യക്കീൻ എന്ന് പറഞ്ഞത് ഈമാ തെന്മയാണ് ഈ മാറനായിമാൻ അത് തെന്മയാണ് യക്കീൻ്റെ ഏത് വൃത്തിയെടുത്താൽ അവിടെ യക്കീൻ പാണല്ലോ അതുകൊണ്ട് കൂടെ പഠിക്കാതെ ഒഴിവാകാനേ പറ്റൂല അങ്ങനെ യക്കീനെ തുറന്നു കിട്ടേണ്ടതുണ്ട് അതിനർത്ഥം അയിനി അവാ അതിന്റെ വേണ്ട നാമകങ്ങൾ പഠിക്കുക ആ യക്കീനെ പഠിച്ചുണ്ടാക്കാൻ അത് ഹാരായിട്ട് വരേണ്ടതാണ് അതിന്റെ ആവുഖങ്ങളാ പഠിക്കാൻ പറയുന്നത് സൊമ്മ എമ്പത്തിൽ കമ്പു ലീൽ കൽബിന്റെ തരിപ്പ് പിന്നീട് കൽബിന്റെ തരിയൊക്കെ തുറന്ന് വെട്ടാം എല്ലാത്തിലും തുടക്കത്തിലൊന്നും വേണമല്ലോ വലിതാലിക്ക് കാലം തന്നെ തെള്ളം എല്ലാം നിങ്ങൾ പഠിച്ചുണ്ടാക്കണോന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് യക്കീനെ എങ്ങനെ പഠിച്ചുണ്ടാക്കാൻ എങ്ങനെയാണ് അങ്ങനെ ഒരു കിറ്റാവുണ്ടാ യക്കീന്റെ കിറ്റാവെന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം ജാലിസുൽ മൂക്കിനി ഞക്കീനുള്ള ഉടമകളുണ്ട് ഓറെ കൂടെ സഹായിക്കാം അന്നേരം ഓറെ പുറമെ ഇവനിക്ക് ജക്കീ ബോധ്യപ്പെടാനുണ്ട് തറുദ്ധുകാരൻ കൂടിയ തറുദ് തന്നെയായിരിക്കും രാവിലെ മേലെ കത്തിടക്കി ഉച്ചയ്ക്ക് ചോറ് പോകുക ഇപ്പം തന്നെയായിരിക്കും അല്ല നമുക്ക് ബോധ്യ ചോറ് പോകാൻ ആ ചോദിക്കാം ഇന്ത്യ അർത്ഥം യക്കീൻ പഠിക്കുക എവിടെ നിന്ന് പഠിക്കണോ കിതാബ് നോക്കിയാ പഠിക്കേണ്ട അല്ല ഇപ്പം വന്നില്ലേ ഇപ്പൊ താലമുൽ യക്കീൻ യക്കീനെ നിങ്ങൾ പഠിക്കും എവിടെ പഠിക്കേണ്ടത് മയനാഹു ചാതിൽ മൂക്കനിയും മോക്കിനി നിങ്ങളോടൊപ്പം വിളിച്ചു കൂടുകൽ യക്കീൻ അവരെ വർക്കൽ നിന്ന് കേട്ട് അനുഭവിച്ചു പഠിക്കാനും വേണ്ടത് മുമ്പ് വന്നില്ലേ വേറെ അനുഗ്രഹം വേറെ ഭക്തി കൂടെ ഒപ്പം യാത്ര ചെയ്ത് മകരീവിന്റെ ഒക്കത്തിന് രണ്ടാക്കും നോമ്പുണ്ട് മകരവിന്റെ ഒക്കത്തിന് രണ്ടാമത് യാതൊക്കെ വന്നിട്ട് പറയുന്നത് ഞാൻ രാവിലെ കത്തിലടക്കിയിട്ടില്ല അവറും വെച്ചിട്ട് കത്തുന്ന് ഭിന്നരാ തിരിപ്പിച്ചാൽ വെല്ലും പറഞ്ഞു നോമ്പൊക്കെ കൊണ്ടെച്ച ഭക്ഷണം മുഴുവനും ഇബ്രാഹിമെന്ന് നോക്കിയിട്ട് അയാൾ മുഴുവൻ തിന്നു പോത്തുകൾ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരത്തിൽ തുറന്നുപോയി ഇതെല്ലാം ആരുകാരനൊക്കെ കൂടെ പത്തിനാ കാണുന്നു കഴിഞ്ഞ വാർഡ് പത്ത് മറ്റുമ്പോട്ടേക്കല്ലു നവംബർ എത്താൻ വേണ്ടി ഒരു ശേഷം എന്തെങ്കിലും ബെച്ചക്കാണ്ട് അങ്ങനെ ഉണ്ടോ കൊടുക്കരുത് അതിന് ഞമ്മ ആ ഇതാണ് ഞമ്മന്റെ ദിസ്റ്റി ഞമ്മക്കന്ന വല്ല റിസം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ കണക്കാക്കപ്പെട്ട ടൈമിന് കിട്ടുമല്ലോ എനിക്കെന്ത് ഇത്രയും വരാതെ ഇപ്പോഴേ ഗഡ്ജി വെച്ചാൽ ഈ രസ്ട്ടി അന്നെങ്കിലും മൂന്ന് ആരാ പറഞ്ഞത് അതാണ് നമ്മൾ ഉണ്ടാണെങ്കിലും വ്യത്യാസം അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്കെ കൂടിയാൽ മാതെ മച്ചവളം കുടിച്ചിട്ട് നോമ്പ് നിച്ചാൽ കഴിയുമ്പത്തേക്കൊണ്ട് വേറെ അടുത്തടത്തി ചോറും സച്ചടക്കം വേറെ സ്വർഗത്തിന്റെ ആവുന്നേ സ്വകാര്യ നോമ്പുകാരായ രണ്ടാളുകൾ ഉണ്ട് ഓർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ അന്വേഷിക്കുന്നുണ്ടു അത് കൃഷ്ണുണ്ട് കൊണ്ടല്ല കുടിയാൻ വേണ്ടി എന്ന് പറഞ്ഞേ ഈ കൊണ്ടേറ്റും അവിടെ പൂത്തി വെച്ചാലേ ചോറ് കിട്ടൂന്ന് ആരും പറഞ്ഞത് ഈ ചോതിൻ്റെയൊക്കെ മാത്രമല്ല പരതീൻ്റെ ഉണ്ട് അപ്പൊ അവിടെ വേണ്ടത് മൂക്കഞ്ഞുങ്ങളോടൊപ്പം കൂടുകിൽമുറി യസീനോടൊക്കെ കേൾക്കുക ഒമാതി അവരെ തുടർന്ന് ജീവിക്കല്ല മോളിഷ്ണ്ടല്ലോ അവരെ പിൻപറ്റി ജീവിക്കല്ലോ നിങ്ങൾ പതിവാക്കുക എന്നാലും യസീനിക്കും നിങ്ങൾ യസ് എന്നതിൽ ശക്തി കൂടും അതാണ് യജ്ഞം പഠിക്കാന്നൊരു ശക്തം ഏത് വനക്കമ്മ കവി യസീനും അവർക്ക് യജ്ഞം വധിച്ചില്ലേ ഓർ പലത്തെ കുടിക്കും സ്ഥിതിക്രമികളെന്ന് ചോദിക്കുന്നില്ല സിദ്ധിക്രമീകളാണ് ചോദിക്കുന്നത് ചത്തരൊക്കെ എത്തിയിട്ടുണ്ട് കാലയൊക്കെ നോക്കി നമ്മൾ ഇഷ്ടം മുച്ചുകൊണ്ട് പോയി ചാക്ക് കെട്ടിച്ച് കൊണ്ടുപോകുന്ന എന്താ ചോദിക്കാൻ കിട്ടുന്നു ഇന്നാഹാന അതെടുക്കുന്നത് ഇന്നാഹം ആന അള്ള നമുക്ക് കണ്ടെത്തി നീന്തൽ കൊടുക്കുന്നു അള്ള നമ്മുടെ താക്കാനെന്തെങ്കിലും നീന്തല് പഠിക്കുന്നത് അവിടെ വ്യക്തിനോട് പറഞ്ഞു അപ്പൊ പഠിച്ചാൽ നിന്ന് പഠിച്ചാൽ നിന്ന് പഠിച്ചാൽ നിങ്ങൾ ഇവിടെ പോകാനുണ്ട് മുസാൻ അഹ് ഇസ്സലാമിന്റെ ഷത്തുക്കൾ പറഞ്ഞതാണ് ബേസിൽ ഒപ്പൊ ഫിറോ നാടും വരുന്നുണ്ട് മുമ്പിൽ ശങ്കരനെ കാണുന്നുണ്ട് നമ്മുടെ അടിയിൽ നിന്ന് അടുന്ന് അടുത്തുനിന്ന് എങ്ങോട്ടാ പോകുന്ന ഇന്നമായി റബ്ബി സയ്യഹുദ്ദീൻ റബ്ബ് നമ്മുടെ കൂടെ എടുക്കുന്നു പറഞ്ഞാൽ ഇതിലെന്ത് കുടിക്കേണ്ടി അപ്പൊ യസീം കാലത്ത് കൂടം പോത്തും അമൽ അമലിന്റെ ധാരാളമായ അമലിനേക്കാൾ يقين ان الله قاضي لانه سيضمنه والله يقين اكيد دار العلمنا കാണ വാ ഖാല صلى الله عليه وسلم لما قيل له رجلن حسن اليقين كثير الذنوب ورجل مضت هيضم في العباده قليل اليقين فقال صلى الله عليه وسلم ما من آدميين الا ولو ذنوب രണ്ടാണ് പരിചയ താര നിന്നും ചോദിക്കുന്നു ഒരു رجل ഉണ്ട് ജക്കീൻ നല്ല അശ്വിനുൽ ജക്കീനാണ് പക്ഷെ ദോഷങ്ങൾ കുറച്ചധികമുണ്ട് അമര് കുറവ് ദോഷങ്ങൾ ഏറെ ഉണ്ട് ഒരാൾ വേറൊരാളോ വേറൊരു ബാധ ഇബാദത്തിന് കണക്കില്ലാണ്ട് അധ്വാനിക്കുന്ന ആളാണ് പക്ഷെ കനീരു ജക്കീനാണ് ഈ രണ്ടാളിൽ ആരാ കൈനിച്ചെല്ലാം പറഞ്ഞു മാമിൻ ആദമ്മയും ഇല്ലാ വലഹൂ ദുരൂവും ഏത് മനുഷ്യനായാലും അവർക്ക് ദോഷമില്ലാണ്ട് പ്രകൃതി അഖിലാകുന്നു യക്കീനോ യൻ അവന്റെ കൂടപ്പുറപ്പുമാണ് പിരിയാത്ത പുരുടപ്പുറപ്പുമാണെങ്കിൽ അതായത് ഒന്നാമത്താളും നോക്കാം എല്ലാം സമൃദ്ധ ബുദ്ധുനോ വന്ന ദോഷങ്ങൾ അവനെ ബുദ്ധിമുട്ടാക്കൂല എന്ന് വന്ന ദോഷം കൊണ്ട് തിരിച്ച എന്നല്ല അതിന്റെ അർത്ഥം ദോഷം വരുന്നവർ തോണി ദോഷമാണോക്ക് തിരിയും ടൗബാച്ചാതി മടങ്ങിയിട്ട് ദോഷങ്ങൾ പൊറുപ്പിക്കാന്ന് ചോദിച്ചു കടുപ്പതാണ്ടാ മാറ്റോനിക്കോ അത്രത്തോളം ഉദ്യോഗസ്ഥരക്കും കുറഞ്ഞിട്ടു ഓ എബക്കാലമോ പതിലും എതിർക്കുന്ന പിന്നിൽ ജന ഇവന്റെ ദോഷം പുറക്കാൻ ആവശ്യമായല്ലാം കെങ്കിലല്ല കഴിഞ്ഞതിനു ശേഷം കുറച്ചൊരു പതിന് ബാക്കിയുണ്ട് ആ പതിൽ ഉപയോഗിച്ചുകൊണ്ട് തുറക്കത്തിന് തോന്നും വ്യത്യാസം വലിതാളിക്ക കാല സന്ദർഭം പറഞ്ഞ് നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ ചുരുക്കം നൽകപ്പെടുന്നതിൽ പെട്ടതാണ് എല്ലാവർക്കും ധാരാളമായി കൊടുക്കപ്പെടില്ല ചുരുക്കം ചിലർക്ക് ചുരുക്കമായി കൊടുക്കപ്പെടുന്ന ഒന്നാമെന്ത് അൽ യക്കീനും അജീമത്തു സബനും ശബരിന്റെ അങ്ങേയറ്റത്തെ അജീമത്തും യക്കീനും ഇത് രണ്ടും വാങ്ങി അപൂർവമായിട്ടേ കൊടുക്കാറുള്ളൂ എന്താ വമൻ വത്തിയ ഹോ മിന്നുമാ ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ഒരാൾക്കൊരു ഹന്ന് കിട്ടപ്പെട്ടാൽ മാഫാത്ത പകലേറ്റ നോബോ രാത്രിയത്തെ കയാമില്ലയിലോ എന്ത് നഷ്ടപ്പെട്ടാലും അതൊന്നും എനിക്ക് പ്രശ്നം കണ്ടതില്ല മറ്റേ പിറ്റേണ്ട കിട്ടിപ്പോയി വേണ്ടാന്നല്ല അറിയിന്ന് വസീ വസീയത്തിൽ ഉഖമാൻ അലി ഇസ്ലാമിന്റെ വസീ കിട്ടിലോട് ആരോട് വസീയത്തിൽ ഇതേ ഈ മോനോട് ഉമാൻ അലി മോനോട് വസീത്ത് പറഞ്ഞു കൊടുത്ത് അല്ല എന്നാൽ യബുനയ്യ ലാ യസ്തതൗന അമല ഇല്ലാ ബിൽ യഖീൻ യഖീൻ ഇല്ലാതെ കണ്ട അമല സാധ്യമല്ല ബ്രാംലിങ്ങനെ ഉള്ളിച്ചോടിയാണ് അങ്ങനെ ഹർതുകൊണ്ട് കാര്യമില്ല യഖീനോട് കൂടിയല്ലാതെ അമല മുസ്തതൗവില്ല വലാ യഅമൽ മർഉ ഇല്ലാ ബി ഖദ്റി യഖീനിഹി അവൻറെ യഖീൻന്റെ കണക്കനുസരിച്ചല്ലാതെ കണ്ട ഒരു അമലൻ മനുഷ്യൻ അമല ചെയ്യാൻ സാധ്യമല്ല وَلَا يَقَسِرُ عَامِلٌ يَقَسِرْ عَامِلٌ حَتَّى يَنْقُصَ يَقِينُهُ عمل شايدنا من تقصير بيته من دانج الله من يكين أنه وراء النار يكين وراء النار بيت. عمل تقصير منه وقال يَهِيَ بِنِمْ عَابِنُّ مِيَ اللَّهُ وَرَيِّظُّهُ إِنَّ لِلْتَوْحِيدِ نُورًا وَلِلْشِرْكِ نَارًا توهيدن نورا شركن والنار نار ونار فيه نور نار സൗഹീദിനുള്ളതെന്നാ നൂറ് തെളുത്തിനുള്ളതോദി അഹക്കൗഹീദിന്റെ നൂറുണ്ടെന്ന് പറഞ്ഞില്ലേ ആ സൗഹീദിന്റെ ഉടമകളായ മുബഷിദീനങ്ങളുടെ ദോഷങ്ങളെ ആ നൂറുണ്ടാക്കിയ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇതിനെ என்றால் மின் நார்ஷிர்கல் ஹிசனத்தில் அகிரகூனு வச்சின் துகு ஸும்தப்ரேதைだから வின்னா நூர தவ்ஹீதி தவ்ஹீதின் உள்ள নূর அகிரகூம் ஏச்சவும் கரிகுனதால எதனை லி சைய்யாத்துல் முஷிர்கி முஹ்தீன்களுக்கு உண்டாக는 சைய்யாത്തിനെ சைய்யாத்தினாகல முகரியே பர்னுக்கையிலார் ஏத்தும் கரிகும் எதனைக்கால் மின் நார்ல் முஷிர்கி லிஹசனத்தில் முஷிர்கி മുസ്ലിക്കങ്ങൾക്കുള്ള ഹസനാത്തിന് ഷിർക്കിന്റെ നാറ് പിരിക്കുന്നില്ലേ ഇനി നോക്കപ്പ ഷിർക്കിന്റെ നാറുണ്ട് നൂറും ഈ മുബഹിദായ മനുഷ്യൻ എന്തുണ്ട് കുറെ കയ്യാത്തുണ്ട് ഈ മുസ്ലിക്കായ മനുഷ്യന്റെ കുറെ ഹസനാത്ത ഉണ്ട് ഷിർക്കിന്റെ നാറുകൊണ്ട് ആരൊക്കെ പോകാൻ ഹസനാത്ത് ധരിച്ചു അല്ലേ സൗഹീദിന്റെ നൂറ് കൊണ്ട് ഇവന്റെ സയ്യാസിനെ ചരിച്ചു നേതിനാ കൂടുതൽ ശരിക്കും അടുക്കല് ഈ സൗഹീദിന്റെ നൂറ് കൊണ്ട് അവന്റെ സയ്യാസിനെ ശരിക്കും അധികം കൂടുതൽ ഉണ്ടാക്കില്ല ആ നേതാൻ ഈ നൂറ് വാറാദി യക്കീൻ യക്കീനിനാണ് മൂപ്പറതുക ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞില്ലേ എന്തെങ്കിലും ദോഷം വന്നാൽ ഇത് ദോഷമാണ് ദോഷമാണ് യക്കീനുണ്ടല്ലോ അത് ഇവിടെ നടന്നിട്ടും കൊണ്ട് ദോഷമാണെന്ന് ആസിന് ഉണ്ട് അദീസിനുണ്ട് അച്ഛന് അപ്പൊ ഇതുകൊണ്ടെന്തോ ദോഷം കൊണ്ട് ഒരു നുക്സാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ആടും ജക്തി ഇത് പൊറപ്പിച്ചാലേ ബെറ്റോന്ന് ജക്കീനായി പൊറപ്പിക്കാനെന്താ മാറുമോ എന്ന് അന്വേഷണം അതിന് അന്വേഷണം വന്നിട്ടുണ്ട് അത് ഖുറാനിന് വന്നിട്ടുണ്ട് അതും ജക്കീനാണ് അത് ഉപയോഗിച്ച് ഇത് ചെയ്താൽ അത് ഉപകുന്ന അപ്പൊ എല്ലാ പണികൾക്കും യക്കീനോളജിനു ഏതാ ഹീമുട്ട കളിച്ച് കളിയുള്ളൂ ചെറുത്തുകളെല്ലാം പാലിച്ചു കഴിഞ്ഞാൽ സർവ സ്വീകരിക്കപ്പെടുമെന്ന് യക്കീനാക്കണമെന്ന് അല്ല നാലാ ദിവസത്തിൽ വരും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അഞ്ചൊക്കിന് ഒപ്പിച്ചിട്ട് ആറ് ഉറുക്കിന് ഒപ്പിച്ചിട്ട് ചെയ്യാൻ ഒന്ന് ഉണ്ടാക്കിയാ നിങ്ങൾ മുതൽ തക്കരഞ്ഞൂടാ എല്ലാ പറും പാലിച്ച് കസ്കീരം കെട്ടി തുടങ്ങി തിഷ്സ്കാരത്തിന്റെ സ്വത്തും പുറകും എല്ലാം പാലിച്ച് നാലിക്ക് മുഹമ്മദ് കുന്ന സ്ഥലം സമീപിച്ച എന്താ പറയുന്നത് ഈ ചിറ്റുന്നില്ല എന്നാ പറയാ ആ അതെന്നൊക്കെ അതെന്നെ ഒക്കെ ബാഹവർഷം പറഞ്ഞ എന്നാ ഭാഗവർ വേറെ പരിപാടി നോക്കണം ഇത് കൊടുക്കില്ലല്ലീകരിച്ച രാജാ വക്കിന് മാത്രം സ്വീകരിച്ചു എന്നല്ലല്ലോ പറയുന്നത് തരിയായിട്ടല്ല അതിന് ഹൗഫ് റജാവും പണി വാടിയും വേണ്ട ഹൗഫ് ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ ജനാലിയായ ശിക്ഷാ നടപടികളെ കുറിച്ച് യക്കീനുള്ളതുകൊണ്ടല്ലേ ഹൗഫുണ്ടായി അവന്റെ കമ്പോസിറ്റ് ഞാൻ ഭരണത്തിലേക്ക് നോക്കിയിട്ടല്ലേ ഇവനിക്ക് റജാവുണ്ടായിരുന്നു അപ്പൊ ഹൗഫ് റജാനിയും ഉണ്ടാക്കിയതും മറ്റ് സിഫാത്തിനോട് യക്കീനാണല്ലോ ജമാലിയായ ചിഫാത്തിനെ കുറിച്ച് യക്കീനില്ലായത് എങ്കിൽ പിന്നിട്ട് ബാക്കിയുള്ള റജാവ് വന്നു തെറ്റ ഉണ്ടാവാം എന്നുള്ള ആ ജലാലി ആ സിഫാസിനെ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ സെക്ട ഉണ്ടാവാമെന്നുള്ള ഹോബം വന്നത് ഈടല്ല നാലാം ദിവസത്തിൽ അതാ സോബന്റെ സുഹൃത്തുക്കൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ തകോബ തനിയാണ് മക്കം പോലെത്താണെങ്കിലും ആ ചെക്താൽ ബത്താമെന്ന് നാലാം ദിവസം ഓതാം വരുമ്പോൾ കാണാം നീട്ടും പറ്റി അറ്റാഹിച്ച് ഇൻസാഫും ചെയ്തിട്ട് വൈകുന്നേരാവണോ নম্বর জনিয়া নম্বর নম্বর জনো সংখ্যাই গেল ইননি পেলি তেলাওনি দন না না ইননি পা মারি মেরে কারক ও নুন ওয়াকদা আশার আল্লাহু তাআলা ফিল কোরআন কোরআনিল্লাহু তাআলা ইশারাতা কীদন ইলা আযকিল মুক্বিনিনা মুক্বিনিনা পরইল تِي مواضِ أعداء لا <تصفيق> أعلم ثلثي لا أعلم ثلثي يوقنون يوقنون يوقنون ودند موكنين ودند عيات للموقنين أدل عريق بلّ بها مواضي يقول الله تعريق رضي ألا أن اليكين هو الرابطة للخيرات والسعادات എല്ലാ ഹയറാത്തിന്റെയും എല്ലാ വിജയങ്ങളുടെയും പ്രാബിറ്റ് അത് തന്നെയാകുന്നു എന്നാണ് ഈ പറക്കുന്നത് ആ യജ്ഞം കിട്ടാനാണ് ഇപ്പൊ നടക്കേണ്ടത് സുന്നാമിച്ചും പറഞ്ഞോട്ടുമല്ലോ എല്ലാം യജ്ഞങ്ങളൊന്നുണ്ടോ ഒരു സ്വസ്ഥം കൊടുത്ത് സാധ്യത സഹായിക്കണമെങ്കിൽ എന്തെല്ലോ ഉപകാരം കിട്ടില്ലേ ചിലപ്പോ ഇല്ലാത്ത കിട്ടില്ല എനിക്ക് ചോദിക്കുന്ന പൈ കു എന്താണ് യക്കീനി വമാമായന കുമ്പത്തി ഈ യക്കീനന്റെ കുമ്പത്തുണ്ട് മുഴപ്പുണ്ട് ശക്തിയുണ്ട് വലഹീനത് എന്നൊക്കെ പറഞ്ഞു എന്താ ഇതിന്റെ അർത്ഥം അതുകൊണ്ട് ഫലാബുദ്ധമി പകുമിഹി അവലൻ അതുകൊണ്ട് അതിനെപ്പറ്റി ആദ്യമായി അറിയാണ്ട് കഴിയൂല സുമ്മ നിശ്ചകാലം ഇത്തലതി പിന്നെ അത് തേടലും അത് പഠിക്കാനും വേണ്ടി മാം എന്താണെന്ന് അറിയട്ടെ ഭൈന്നമാലാ സുപുഹമോറത്തുഹോ ലായുക്കിന് ഫലബുഹോ ഒരു സാധനത്തിന്റെ ദൂറത്തിന്റെ തീട്ടില്ലെങ്കിൽ പിന്നെ അല്ലിച്ചു പോകില്ലല്ല എന്താ സാധനം എന്താണ് ആദ്യം പിരിയണ്ടേ പിന്നീണ്ടേ എന്ന് നീ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം ഫലം അത് മുസ്തറക്കായ ലഫുഡ് എന്നാണ് നാനാർത്ഥം ഉള്ള ലഹുതു ഒരു ലഹുതു പറയാ രണ്ടർത്ഥം കൊടുക്കുക അതിനൊക്കെ നാനാർത്ഥം എന്ന് പറയുന്നത് നാനാർത്ഥം പര്യായം എല്ലാ ഭാഷകളുണ്ട് പര്യായം എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥത്തിന്റെ വിവിധങ്ങളായ വാക്കുപയോഗിക്കുന്ന പര്യായം എന്ന് പറഞ്ഞു ഒരേ ഭാഷത്തിന്റെ പര്യായം ഉണ്ടാവും മറ്റ് പല ഭാഷകളിലേക്കും പര്യായങ്ങളാവുന്നു ഈ സാധനത്തിന് മലയാളത്തിൽ എന്താ പറയുക വേറൊരു പദം പറഞ്ഞ വേറെ വാറ്റ മാറ്റി ഒരാണോ സ്ഥാപിതെന്ന് പറഞ്ഞു കേറൊന്നു ആ അക്ക പര്യങ്ങളാണ് ഭാഷയിലുള്ള വ്യത്യാസങ്ങളല്ല പര്യായങ്ങളാണ് പക്ഷെ വരെയും ഭാഷയിൽ തന്നെയും പര്യായങ്ങളുണ്ടാകാം വിവിധങ്ങളായ ഭാഷകളിലും പര്യായങ്ങളാകാം സാധിക്കും നേരെ മറിച്ച് അച്ഛലഹുന്ന് പറഞ്ഞു ഒരു ലഹുന്ന് പറഞ്ഞിട്ട് പല അർത്ഥങ്ങൾ അവസരോചിതമായ അർത്ഥം ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഉത്തരം എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് ഉത്തരം പറഞ്ഞ ഉത്തരം തന്നെയല്ലേ ചന്ദ്രങ്ങളിലല്ലേ ഉത്തരം ഉത്തരക്കല്ലേ എന്ന് ില്ലേ അപ്പൊ മുഷ്കറക്കാണ് മൂത്ര വർഷം ആദ്യം ലഘുതമൊന്നെ കെട്ടിക്കെന്നുള്ളൂ മുഷ്കറക്കാണ് യുദ്ധി രണ്ട് പാർട്ടിക്കാർ ഉപയോഗിക്കാതെ രണ്ട് ഇമായനു മുഖ്തലിഫനി വ്യത്യസ്തങ്ങളായ രണ്ട് മായനാക്കും ഈ പാർട്ടിക്കാർ എഫ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് ഈ പാർട്ടിക്കാർ എഫ് എന്ന് പറഞ്ഞ ഇന്ന് രണ്ടാളും ഉപയോഗിക്കുന്ന വാക്കൊന്നാണ് രണ്ടാമർത്ഥമാണ് അറിവാക്കി തന്നെ പ്രിയുണ്ട് ഹാൻ ലേ എന്നതാണ് ലഘുതർ നോക്കിയെ ഹംലെന്ന് പറഞ്ഞു വാശി പറഞ്ഞ ഗർഭം എന്ന വാച്ചിലുള്ള ഗർഭം മനസ്സിലാക്കി അടുത്ത് പോയി അവർ മുക്തത പറഞ്ഞ കവറും തമ്മിൽ കിട്ടിയതാണ് ഇത് ഇതാകുന്നു പറഞ്ഞു സൈദ് ആല്യമാകുന്നു പറഞ്ഞ സൈതം തന്ന് മുക്തയാക്കി ആല്യമാകുന്നുള്ള ഹുക്കം അതിനോട് കിട്ടിക്കൊടുത്തല്ല സൈദ് ആല്യം ആകുന്നു പറഞ്ഞു അതാ അപ്പൊ രണ്ട് തായി പത്ത് രണ്ടും കൂട്ടത് ഒരേ ലഭ്യത പ്രയോഗിക്കും വ്യത്യസ്തങ്ങളെ രണ്ടു മേലും ആരാ രണ്ട് പാർട്ടി അമ്മ മുത്തക്കല്ലിമോൻ നുമാറു എന്ന് പറഞ്ഞാൽ ഈ ആലോചന ചെയ്യുന്ന ആൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകളും മുത്തക്കല്ലിമീകൾ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ അസീലൊക്കെ പറഞ്ഞിരുന്ന ആളുണ്ടോ കേട്ടോ അവർക്കും ഈ യസയും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു കാലത്ത് സംശയമില്ല അതാണോ ഇതാണോ അതാണോ ഇതാണോ ഇങ്ങനെ ഇടന്ന് കളിക്കലുണ്ടല്ലോ ആ സത്സ്യമില്ലാണ്ട് ഏതെങ്കിലും ഒന്നും കൂടെ ഉറക്കലാണെന്ന് യക്കീന്തോന്ന് കാണാം മറ്റേത് വേണ്ട ഇതെന്ത് കോണോ പോണ്ടിയോ കോണോ പോണ്ടിയോ എന്ന് തീരുമാനിച്ചാൽ ഏതെങ്കിലും ഒന്നും ഉറക്കുക എന്താന്ന് ഫോണം അപ്പൊ ഫോട്ടോ നിങ്ങൾ പോയല്ലോ അല്ലേ അതാ യൻ അതിന് ശക് ആ കറവ് കണ്ടു മാറി ഇത് മൈനൻ നക്സീല തസ്നീച്ച പറയുന്നുണ്ട് ൂപ്പിയായിട്ടുള്ളതിൽ ഉദ്ദേശിക്കുന്ന എത്തിന് വേണ്ട വേറെ ഒരിക്കും അതിന്റെ പ്രത്യേകം നൂറാൻ എട്ട നെസ് ചായരി എന്തിലേക്ക് ഇത് തസ്തി ഒരു സാധനം തസ്തി കാക്കലുണ്ട് ഇത് ഇത് ഇതാകും തസ്തി കാക്കണ രണ്ട് സാധനം പോണം ഒരു സർജിച്ച് വേണം ഒരു പ്രകടിപ്പിച്ചു വേണം അല്ലെങ്കിൽ മൂട്ടത വേണം ഒരു സഭകമാണം ഈ രണ്ട് സാധനം ഇത് ഇതാകുന്നു എന്ന് പറയേണ്ട അവരാകുന്നു ഉറപ്പിക്കലല്ലോ ആ തസ്തിന്റെ ലഹു അറുപായ മക്കാ നാല് മക്കാമാസുണ്ട് നാല് പദവി അല്ലവലു ഒന്ന് അഞ്ഞാറ്റതിന് തസ്തി ഇവന്റ് അടുക്കൽ തസ്തിക്കൊണ്ട് തകതിപ്പം രണ്ടും മുറിപോലെ ആണെന്നും അല്ലെന്നും ആണെന്നും അല്ലെന്നും ഒരു ബോളിംഗ് ഇങ്ങനെ കടന്നു കളിക്കുന്നു അപ്പുറം നോക്കുമ്പാണിപ്പം നോക്കുമ്പോൾ അല്ല ആണ് അല്ല ആണ് അല്ല ഉണ്ട് ഇല്ല ഇതേ പോലെ ഉണ്ടോ ഉണ്ടെന്നും ഇല്ലെന്നും ഉണ്ടെന്നും ഇല്ലെന്നും ഏതെങ്കിലും ഒന്നോപ്പിച്ച ഒരു അൻപത് ആണ്ട് ബിച്ചിന് ചക്ക് ചെക്ക് കിറ്റേറ്റ് ഇങ്ങനെ കളിക്കുന്നുണ്ടോ ഈ ആട്ടൊന്നും ഇല്ല ഏതുപോലെ കമായിൽ താൻ ചസ്സി മയ്യനി മയ്യനാ ജസ്റ്റിനെ കുറിച്ച് ചോദിച്ച് ഇന്ന ആള അന്ന യുവാക്കി പോകാൻ അന്ന അവനെ ശിക്ഷിക്കോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അമ്മ എന്റെ ഉത്തരം പറയാം അവനിച്ച വാങ്ങിയനാ ചസ്റ്റിനെടുക്കാം ഇവനിക്ക പോയ ശിക്ഷ കിട്ടുമോ ഇല്ലയോന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം പറയാം ഉണ്ടെന്നും പറ ഇതെന്നും പറയാം ശിക്കാനും ശിക്ഷിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് എന്ന് എത്തരത്തിൽ ബഹു അധുപൂല ഹാല് ഇവനെ കുറിച്ചിട്ട് ഹാല് അധുപൂലുവാണെന്നൊക്കെ അപൂജന എടുക്കേണ്ട കാരണം അവന്റെ ഹാലും അരും അരി അവനെ ശിക്ഷിക്കൂൻ ഓർമ്മിക്കാം അതുകൊണ്ട് ഹാല് നേരിട്ട് ഒരു വലിയെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സിറ്റിക്കൂലാന്ന് ചിലപ്പോൾ നമുക്ക് പറയാം അതുകൊണ്ട് അവടെ ഹാലും മരവും വന്നു നമുക്കതല്ല ഹാലും അനുകൂലമായി മനുഷ്യനെ പറയുന്നത് ചെയ്ത് എന്ന് പറഞ്ഞ ഒരാളോ നമ്മളെ സിറ്റിക്കോ ഇല്ലയോ രക്ഷപ്പെടോ രക്ഷപ്പെടൂലും ചോദിച്ചോ വൈനക്കലാ സമീ നൊക്കുമ്പോ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നേക്ക് ഒന്നിലേക്കും തകൂല മനസ്സടങ്ങി നിൽക്കൂല രണ്ടിനി സാധിച്ചുണ്ടെ പറഞ്ഞു ഇതിനാക്കാണേലും ഉദാഹരണി മുമ്പ് ഇനി ഒരു ലോകത്തിന് ഏതിമാകാൻ ഇനി പറഞ്ഞ വാല്യസ്തമിയ കൈക്കാലുള്ള മറയിൽ ആ രണ്ട് കാര്യവും സാധ്യമാണ് എന്നായിരിക്കും നിന്റെ അടുത്തൊരു മറുപടി അതിന് ഒന്നാം വർഷപ്പെട്ടെന്ന് പറയും പേര് രണ്ട് തട്ടൂർ പോകാം ഹിസ്റ്റേറ്റ് ഹിസ്റ്റേറ്റ് ഇങ്ങനെ കളിക്കുന്നുണ്ടാവും ഇതിനെന്താ പറയാൻ പോകുന്നത് ഏതെങ്കിലും ഈ ഭാഗത്ത് ഒരു കല്ലെടുത്ത് അധികം എന്നാൽ ഈ ഭാഗം താമസ കൊണ്ടു അല്ലെങ്കിൽ ഇപ്പോഴുണ്ടാവും അപ്പൊ ഒന്ന് താണത്തൊന്ന് പൊന്തി ഉണ്ടാകുമല്ലോ താണഭാഗത്തിന്റെ ഒരു പേരുണ്ട് പൊന്തി ഭാഗത്തിന്റെ ഒരു പേരുണ്ട് അതെനി പറയാം അസ്താനി രണ്ടാം ഘട്ടം അന്തൃതില രണ്ടിൽ പെട്ട ഏതെങ്കിലും ഒന്നിലേക്ക് താഞ്ഞ് മറുവശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു ബോധൻ പറ്റ സൂസത്തില്ല ഇവനെ രക്ഷപ്പെടുത്തും എന്നുള്ള ഭാഗത്തേക്ക് എന്നാലും സൃഷ്ടിച്ചൂടാനില്ല ഒരു സാധ്യത വലാഖിൻ്റെ ഇൻക്കാനുള്ള ജംന തടത്തിയഹല്ലമ്പതി പക്ഷെ ആ മറുപറ്റള്ള ഇൻകാനുണ്ടല്ലോ അത് ഒന്നാമത്തേന് മുൻപൂക്കാന്നായിട്ടില്ല എഴുതായിട്ടില്ല നമുക്ക് കമാൽത്താൻ തക്കവ കൊണ്ടും തലാഹി കൊണ്ടും അറിയപ്പെട്ട ഒരാളെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നത് അന്നഹുമാരേ അവസ്ഥയിൽ ഒരുക്കിയാണ് സിക്ഷിക്കപ്പെടും എന്ത അവസരം എന്നാണ് വാഹിതം പക്ഷേ നമ്മറിയാതെ വേറൊന്നോതന് അല്ലാതെ ശിക്ഷിച്ചൂടാന്നുണ്ടോ ചോദ്യം ചോദിക്കുമ്പോ സലാഹുണ്ട് തക്കവയുണ്ട് നമ്മുടെ ചോദ്യം തന്നെ ഇതേ അവസ്ഥയിൽ ഇപ്പയാള് വരിക്കുകയാണെങ്കിൽ അവസ്ഥ രണ്ടും കഴിഞ്ഞിട്ടുന്നല്ല രണ്ടും കഴിഞ്ഞാൽ അമ്മ കാണാത്ത തെറ്റ് ചെയ്യാല്ലോ ഇയാളിതേ അവസ്ഥയിൽ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടോന്നാണ് ചോദിച്ചത് നമ്മ ഇല്ല എന്നായിരിക്കും അവിടെ ഭൂരിവശം മറുപടി എങ്കിലും മറുവശം ഇൻകാലുണ്ട് ഇവർ തോന്നിട്ടുണ്ട് ഇന്നത്തെ തമീര് ഇല ശിക്ക പൊടൂല എന്ന ഭാഗത്തേക്ക് നിനസ് എന്തിനേക്കാൾ അക്കണം മൈലഹായി അതുകൊണ്ട് ഈ ഭാഗത്ത് തട്ട് തൂങ്ങൻ കാരണം എന്താന്ന് സലാഹും തക്കവ ഈ ഒരു കട്ട കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പം നേരത്തെ രണ്ടിങ്ങനെ കളിച്ചു ഇപ്പുറത്തേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവർ സലാഹും തക്കവ ഇപ്പുറം കൊടുത്ത് അതോടൊപ്പം തന്നെ പാന്തപുജ്ലി മോജിബല്ലി ലിസ്ആാബിത്തീ ബാസിനിവ ശരീരത്തി അവന്റെ മനസ്സിന്റെ ഉള്ളിലോ അവന്റെ സ്വകാര്യ ജീവിതത്തിലോ ശിക്ഷാർഹമാകുന്ന എന്തോ ഒരു പണി നമ്മൊന്നും കാണാതും അള്ളാഹു കാലതുമായ ഒന്നും ഉണ്ടാവാമല്ലോ എന്തൊരു ഇൻസാൻ അടിയില്ലേ അമ്പിയക്കളെ പറ്റിയല്ല ചർച്ച അതുകൊണ്ട് അവർ തൊട്ട് കളിച്ചിന് പ്രശ്നയില്ല ഈ തജ്വീത ഇത് അങ്ങത്തൊന്നും ഉണ്ടാവാം അത് മുസാദിൽ മൈലി ആ മറ്റേ ചാറ്റലിനോട് മുസാബിയാണ് പക്ഷെ ഇപ്പുറം തക്കവയും സദാഹും നേരെ കണ്ടിട്ടുണ്ട് കണ്ട കാരണത്താൽ ആ ഭാഗം മുന്തൂക്കായിട്ടു വലാസിഹു വൈവദാസിഹു പക്ഷേ മറ്റേ ഭാഗത്തിന്റെ ഋജഹാനാവെന്നെ ഈ തടുക്കാൻ മാത്രം ചക്തിയില്ല അതൊരു സോന്നലാണ് മഹാവിൽ ഇതിനാണ് ലന്നി എന്നിവര മുന്തൂക്കമായ ഭാഗത്തിനെന്ന് പറഞ്ഞാൽ ലന്നി മറ്റേത് വകുന്ന പേരായിരുന്നു മൂന്നാംഘട്ടം ഏതെങ്കിലും ഒന്നുകൊണ്ട് തസ്തി കാത്തി ഉറപ്പിച്ച് കൃഷിക്കപ്പെടൂന്നോ പൊടൂരാമന്റെ വെച്ചോ എത്തരത്തിൽ അത് മനസ്സിൽ നിറഞ്ഞ് ഇതിന്റെ എതിരുവശം മനസ്സിൽ എനിക്ക് തോന്നാൻ പോലും ബാക്കിയില്ല അഥവാ തോന്നിയെങ്കിലോ മനസ്സത് സമ്മതിക്കുകയും ചെയ്യില്ല ഇതിനെതിരി വലാത്തിൻ ലൈസദാരി മാരിഫത്തി മഹാക്കിൻ പറ്റന്തല്ല അതൊരു പൂർണ്ണമായ ഉറപ്പും തെളിബിന്റെ അടിസ്ഥാനത്തിലല്ല കാരണം ഇത് ലൌഅഹസാഹിബാദൽ ഇക്കജു മാരിഫത്ത് മുഹാക്കെന്ന് പറയാൻ കാരണം ഈ മനുഷ്യനുണ്ടല്ലോ ഇത് കൂടുതൽ ആഴത്ത് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഇവനെങ്ങനെയാ ഒരു മനുഷ്യനല്ലേ എന്താണ് എങ്ങനെയാണ് എന്ത് വന്നിട്ട് ചെറിയൊരു ശതമാനം ഇബിൽ ഏത് ഭാഗത്താൽ മാതി തോന്നിയാൽ ശിക്ഷിക്കൂല എന്ന് തോന്നിയെങ്കിൽ ശിക്ഷിക്കാവുന്ന എന്തൊക്കെ ഭാഗത്തിൽ എന്തോന്നുണ്ട് എന്ന് വിചാരിക്കുമ്പോ ആ തടിവീ ആ തട്ടിക്കപ്പെടാമെന്ന് മറുവശത്തിന് തടിവിതാക്കലിലേക്ക് കുറച്ചും കൂടെ ആദ്യം വിശാലമാകും അതെ അപ്പൊ ഇവിടെ തൊണ്ണൂറ്റമ്പത് വർഷം കൂടെ വന്നിട്ടുണ്ട് ഈ തൊണ്ണൂറ്റമ്പത് പേർസന്റെ വന്നാൽ ഇവിടെ ചെല്ലിത് പേർസന്റെ എന്നാൽ ഈ തൊണ്ണൂറ്റമ്പതിന് ഉണ്ടാക്കും ഭൂരിപക്ഷത്തിന്റെ സ്ഥാനം കൊടുത്തിട്ട് അവിടെ ഈ യജീനത്തിൽ വെച്ചേക്കും അതാ പറയുന്നത് മഹാതായു ഏറ്റുക്കാതൻ അതിന് ഏറ്റുക്കാതൻ പറഞ്ഞു നേരത്തെ അമ്പത് അമ്പതഞ്ചീന്ന് കളിച്ച സ്ഥലത്ത് ഒരു ഭാഗത്ത് മുൻതം കൂടിയപ്പോൾ എന്തായാലും എഴുപത്തഞ്ചും ഇരുപത്തഞ്ചും ഇരുപത്തഞ്ച് വകുമായി എഴുപത്തഞ്ച് മൂന്നാം അർത്ഥയിലോ ഇവിടെ തൊണ്ണൂറ്റി അഞ്ചോ തൊണ്ണൂറ്റി എട്ട് വരെ എത്തിക്കുക രണ്ട് ശതമാനം അപ്പുറം ബാക്കിയുണ്ട് എന്നാലും ഈ തൊണ്ണൂറ്റിയെട്ടിന് എന്തിന് സ്ഥാനം കൊടുക്കും ഫുണിന്റെ സ്ഥാനം കൊടുക്കാമല്ലോ അത് യക്കീനോട് മുഖാരി ഭായ വൃതനെ നീന്തക്കാതാണ് ചെറയ്യാത്തിന്റെ വിഷയത്തിൽ പൊതുജനങ്ങൾക്കുള്ള എത്തിക്കാതെ അടങ്ങി എത്തുകയുള്ളൂ എന്നാണ് ഇനി ഇപ്പുറത്തെ രണ്ട് ശതമാനം ഇവിടെ വായിച്ചു ഇത് റസക്കത്തി കൊടുമതി മുതിർന്ന ദിഷ്ടമായി അവർ കേട്ട് കേട്ട് കേട്ട കേൾവിയിൽ കൂടെ ഉണ്ടാക്കി അവരെ നഷ്ടിൽ ഉറച്ചിട്ടുണ്ട് എല്ലാ അസീതകളും ഉറപ്പിച്ചട വെച്ചിട്ടുണ്ട് പക്ഷേ ദലീൽ എന്ന് പറയുമ്പോൾ ഇല്ലാത്താലും ഒരവസരത്തിൽ ചെറിയ വിത തെറ്റിപ്പിക്കൂടാനില്ല ഹറ്റ ഇന്ന കൊല്ല പിറുക്കത്തിൽ തതിക്കൊപിച്ച് ഹറ്റി മത്ഹിഹ അതുകൊണ്ടാണ് ഓരോ പാർട്ടിക്കാറും അവരെ മതഹബ് സഹിഹാണ് എന്ന് ഇരിക്കുന്നതിന് കഴിയതാണ് ഉറപ്പാക്കുന്നത് വൈസാപത്ത് ഇമാമിഹ മസബൂലില്ല ഇവർ ആരെ തുറന്നുകൊണ്ടാണോ ജീവിക്കുന്നത് ആരാണ് ഇവർ ഇമാ അംഗീകത്തിലാണ് ഇമാമ് സവാബുമ്മരാണ് എന്നുള്ള വിശ്വസന്റെ കൊള്ളാതെത്തുന്നു ഷാബി മതബ് ഹക്കാളുടെ വിശ്രസ് പോലും തൊണ്ണൂറ്റെട്ട് പേർക്കും ഒരു പക്ഷം മനുഷ്യൻ എന്നുള്ള മാറ്റവും അല്ലാത്തത് കൊണ്ട് ചില മഹു തന്നെ സമ്മതിച്ചു മാറ്റവും അല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും വന്നാലോ എന്നുള്ള തോന്നലേക്ക് മനസ്സിൽ തുറത്തുവിടുകയാണെങ്കിൽ ഉണ്ടാകും രണ്ട് പുറത്തിന് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഈ പറയപ്പെട്ട നാലാം മർത്തവ്യയിലുള്ള യജ്ഞയിൽ കൂടിയല്ല പത്തുവ വരുന്നത് ഒന്നിക്കുന്ന വന്നോ പത്തുവ അല്ലെങ്കിൽ മൂന്നാം അർത്തവ ഈ ഒരു മർത്തവം എടുക്കും നിന്റെ ഇമാമിന്റെ ഇവിടെ പട്ടങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെട്ടു പോയെങ്കിൽ തന്നെ നഫറാൻ കബോലി അത് സ്വീകരിക്കാനോ തയ്യാറുണ്ടാവില്ല അത്തരത്തോട് ഓടി കുറച്ചിട്ടുണ്ട് പക്ഷെ ബഹിരത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പിളിയിൽ കഹലി തന്നെ ഉണ്ടാകുന്നു നാലാമത്തെ അർത്ഥ് ബുർഹാനിന്റെ ധരിയത്തിൽ കൂടി ൂറ്റു വമർപ്പിക്കപ്പെട്ട ഹൈഫീ ആയി ഒരു ആയിരപ്പത്താം നാലാം വർത്താവ് അപ്പം മറ്റേ ഭാഗത്ത് ഒരാറ്റം പോലും ഇതിൽ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല അല്ല നീരാ ഉച്ചക്കു ഫീ അതിനെനിക്ക് സംശയിക്കാൻ ഉണ്ടാവില്ല വലാ തസമ്പുറുച്ചക്കു ഫീ ചെക്ക് അത് തസമ്പുറു പോലുമല്ല പൈതം തന മുജൂച്ചക്ക് കൈക്കാനു ചെക്കിന്റെ മുജൂദും ഇല്ലാതായി അതിൽ ഇഞ്ചാനും ഇല്ലാതായി ചെക്കിന്റെ മുജൂതുണ്ടായാൽ തെക്ക് തന്നെയാണ് മെറും ചെക്കാവുമല്ല ഇൻകാം ബാക്കിയുണ്ടെങ്കിൽ എന്താകും ഇൻകാൻ കുറച്ചും കൂടെ ചക്കറി കൂടി ഇൻകാനാണെങ്കിൽ ഈ വർഷം നന്നാകും ചക്രതി നന്നെ കുറഞ്ഞ ഇൻകാനാണെങ്കിൽ ഈ ഭാഗത്ത് എത്തിക്കാതാവും ഇതൊന്നുമില്ല ചെക്കൂല്ല ഇൻകാനില്ല എന്നല്ല അറിയില്ല ഇൻകാൻ രണ്ടോത്ത കൊണ്ടല്ലോ ഇരുപത്തഞ്ച് പേഴ്സന്റ് നിൽക്കുന്ന രണ്ട് പേഴ്സന്റ് ഇൻകാനും ഉണ്ട് ഇരുപത്തഞ്ച് ഈ ഭാഗത്തുള്ള എഴുപത്തഞ്ച് പേഴ്സെന്റ് പറയും രണ്ടു പേർത്തൊണ്ണൂറ്റെട്ട് വന്ന് എഴുതിക്കാതൊന്നും പറയും ഇതൊന്നുമില്ല അതല്ലേ ഒരു ദിശാനീന്ന് അത് മുമ്പ് പറഞ്ഞ മൂന്ന് വർത്തവനിയും പുറത്താക്കണ്ടേനൻ അന്നേരീൻ പറയുന്നു മേൽ പറയപ്പെട്ടാലെ നുന്താറ് മിസാലുഹു അതിന് മിസാലു പറഞ്ഞിൽ ആറ്റിനോട് ചോദിക്കുന്നു ഹൽഫിൽ ഈ മോജൂദായ വസ്തുക്കളിൽ കഥയുമായ വല്ലതുമുണ്ടോ മോജൂദായ വസ്തുവിൽ കദിയുമായ വല്ലതുമുണ്ടോ എന്നൊരു ആറ്റിനോട് ചോദിക്കുന്നു ഒറ്റവാക്ക് ഉത്തരം കിട്ടോ പല പച്ച വാക്കിലോ എനിക്ക് തസ്തി ആക്കാൻ സാധിക്കൂല എന്തുകൊണ്ട് ആദ്യ കദീമെന്താ തിരിയണം കദീമ് കദീമിന്റെതിരെ അങ്ങനെ ഫലവും തിരിയാറുണ്ട് ലാൽ കഥറോ സാൻ കദീമ് മഹസോ സാൻ ഇവന്റെ കമറും പോലെയൊന്നുമല്ല കദീമായ സാധനം നിൽക്കുന്നു അപ്പൊ ഫൈനവും യുദ്ധത്തിൽ കമലന്റെയും വുജോത്ത് കൊണ്ടവൻ തസ്തി ആക്കുന്നതിൽ തിരിച്ചുകൊണ്ടാണ് കണ്ടുകൊണ്ടാകാം وَلَيْسَ الْعِلْمَ بِوُجُودِهِ شَيْءٌ قَدِيمٌ عَسَدِيٌّ ضرورياً <تصفيق> مثل الإلم بأن اللي تنين أكثر من الواحد وَلَيْسَ الْعِلْمَ بِوُجُودِهِ بِوُجُودِهِ اللَّهِ هل دا. يتعوش بيزي للا؟ هل يتعوش بيزي للا؟ هل يتعوش بيزي للا؟ نعرف شك ഞാൻ കിട്ടാതെ തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കഥീനും അതലീൻ അതലീയായ കഥീമായ ഒരു കൊണ്ടുള്ള അറിവ് അല്ല നെറൂറിയൻ നെറൂറിയല്ല നീ എന്ന് പറഞ്ഞ അപ്പൊക്കൂല ഇല്ല അങ്ങനെ പറഞ്ഞ അതിലുണ്ടെ പറഞ്ഞ പോലെ അവിടെ നീന്റെ ആവശ്യം നമുക്ക് അത് നിങ്ങൾ നമുക്ക് തിരിക്കുന്നുണ്ട് ഇതിലാണ് وليس العلم بوجود شيء قديم ازلي لزوري الازليായ ഖദീമായ ഒരു ശൈഹിന്റെ വujood ഉള്ള ilmu alla lazuri alla otta magribam parna samarkhangina nadavalla edhu pole nithala il nabi annallati tarani aktharaminal mahidi rendu ninnad onninaakkan adhigamagunu enna parayumol vittathikkan pattan vittathikkanu adu poleyalla edhu അഗനിയായ കതീയമായ സാധനത്തിന്റെ ഗുരൂതുണ്ടോ എന്ന് ചോദിച്ച പട്ട നിങ്ങളുടെ മറുപടി പറയുക എന്നിട്ടില്ല അപ്പൊ മിസിലാന്നുള്ള മിഥിലെന്തിൽ കിടത്തതാന്ന് നഫീല മംസീല മംബീൽ കിടക്കണം മംസിൽ കിടക്കണം നുഖറ മിസിലാൽ ി ഒന്നും രണ്ടും നോക്കിയാലുത് രണ്ട് വലുതാകുന്നു എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നത് പോലെ പെട്ടെന്ന് ഉണ്ടാകില്ല കവിയുമായ അതിലിയായ ഒരു കവിയുമായ സാധനമുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ കഴിയില്ല എന്റെ ഒരു ഹാദിത്തായ സാധനത്തിന്റെ ഹൃദൂസ് ഒരു സബമില്ലാതെ കണ്ട് ഉണ്ടായിത്തീരും എന്നത് മൊഹാനാണ് എന്ന അറിവ് പോലെയുമല്ലത് ഇത് ഒരു സാധനം ഈ സാധനം ഇങ്ങോട്ട് വീണ്ടിട്ടുണ്ട് ആ ബിൻ ഒരു ഹാദിത്തായ സാധനത്തിന്റെ ഹൃദൂസാണ് ഇത് ബില് എന്തെങ്കിലും കാരണം ഉണ്ടാവണം അധികാരം തട്ടിയിട്ടുണ്ടാകണം എന്തെങ്കിലും കുറിച്ച് കുരുക്കിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ ബാലൻസ് തെറ്റിയിട്ടുണ്ടാവണം എന്തെങ്കിലും കാരണം ഇല്ലാതെ സാധനം പോകില്ല വീണ സാധനം നേരെ നിൽക്കണമെങ്കിലും അതൊരു ഹാദിത്തിന്റെ ഹുദൂസാണ് അത് നേരെ നിൽക്കണമെങ്കിൽ അതിൽ നിന്നും തക്കതായ കാരണം പറഞ്ഞു ഫൈൻ ഹാതാകുന്ന റൂദിക്കുൻ അതുകൊണ്ട് സഹക്കുഖരീതത്തിൽ നിൽമിപ്പി അഖിലാകുന്ന പ്രകൃതിയുടെ ഹക്കെന്താന്ന് അന്ത തവക്കെ അലൽ നിർത്തിവൽ അങ്ങനെ ആ ഒരു കൂട്ടിയിട്ടുണ്ട് ആരന്തുമായിട്ടും തന്നെ അല്ലേ അക്കലിന്റെ അക്കലാകുന്ന ഒരു റവീതത്തിന്റെ ഒരു കളിയുണ്ട് അതിന് വതീനിയായിട്ട് പെട്ടെന്ന് നെറുറിയായി തോന്നുകാർ അപ്പം തന്നെ അംഗീകരിക്കും മറ്റുള്ള തടങ്ങി സ്തംഭിച്ചാൽ ആ തവക്കുപ്പായിട്ട് നിൽക്കും തള്ളുല കൊള്ളൂല്ല അന്ത തവക്കി വിജൂതിൽ കതിയും കതിയുമായ ദാതനത്തിന് വിജൂതുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടിണ്ട തീക്ക് അതും വഴി തവക്കുപ്പായിട്ട് നിൽക്കും കേസും എന്ത് തൊട്ട് അരൽ നിർത്തിച്ചാതി വൻ വതിയ വച്ചടിച്ചു കൂടുതൽ ആലോചിക്കാതെയും വതിയത്തെയും അത് അങ്ങനെ പെട്ടെന്ന് ചിന്തിക്കാണ്ട് വന്നുകൂടാൻ നോക്കി അതേ അവസരത്തിൽ ഒന്നും രണ്ടും നോക്കിയാൽ രണ്ടും എഴുതാകുന്നു പറയാൻ വേണ്ടി കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട അത് ഏങ്ങട്ട് പറഞ്ഞോളൂ അതറൂതിയാണ് അതുപോലെ അല്ല ഏ തുമ്മ മിനന്നാക്കി ഏത് ജനങ്ങളുടെ കൂട്ടത്തിൽ എന്റെ മഞ്ജാടിക്ക ഏത് ഒരു കദീമിന്റെ മജൂദ്ണ്ട് എന്ന് കേട്ടു വൈസ്യൊക്കെ വിശദമായ കേക്കഴ കൊണ്ടുണ്ടാക്കി ധട്ടിക്കാത്ത അതിന് തെളിപ്പോ അതിന്റെ അപ്പുറം ഇപ്പൊ നോക്കുന്നില്ല പറയുന്ന ആളെ കനു എണ്ണവും ബണ്ണമെല്ലാം നോക്കി നോക്കിയിട്ട് ചിലപ്പോൾ എണ്ണം നോക്കാൻ ചിലപ്പോൾ ബണ്ണം നോക്കൂ ഇത്ര പേരും ആ സാടിമത്തെ പടിമുത്തിയാളെ തന്നെ മുലയറക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കണ വി ഒഴിവൻ പറഞ്ഞാൽ ആളവടെ ബണ്ണാ നോക്കിയത് വന്ന ചിലപ്പോ അത്തം കുത്തായിട്ട് പറഞ്ഞായിരിക്കും ടെസ്റ്റ് ചെയ്യൻ ജഡ്ജ്മെന്റ് ജഡ്ജ്മാണെ ടെസ്റ്റ് ആയി വയസ്റ്റം വീർന്നു ആയിട്ട് അതിന്റെ മൊട്ടന്നെ ഉറക്കം ഇരുന്ന് വദാനിക്കോ ഏറ്റിക്കാതും അതാണ് ഏറ്റിക്കാതും എന്നുള്ള സാധനം ബഹുആഹാരിന്റെയും അവസം ഇനി വമിനാസി അഞ്ഞു സദ്യക്കും ബുർഹാൻ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തെ തസൈ ആക്കുന്ന ഒരു കൂട്ടരുണ്ട് ബഹു അഞ്ഞുക്കാലല്ല അവരോട് പറയാ ഇല്ലുഹാഹാദിതൻ ആദ്യം ഒരു കവ്യമല്ല എന്താണ് ി മോജൂദായ വസ്തുക്കളിൽ കദീം എന്ന ഒരിനം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും മുഴുവനും ഹാവിസാവുക എന്നതാണെങ്കിൽ ഉണ്ടാകരുത് മോജൂദായ എല്ലാ വസ്തുക്കൾക്ക് ഈ കൂട്ടത്തിൽ കദീം ഒന്നും ഇല്ലാതെ വെക്ക് എന്നെന്താക്കും മുഴുവൻ എന്തായിരിക്കും ഹാവിസാവുക എന്നതാണ് വരിക അതല്ല ഇത്തരം കിട്ടിയ പൈൻകാനത്തുകു ഹാ ഹാദിസത്തൻ എല്ലാം ഹാദിസാണെന്ന് വെച്ചാൽ പയ്യ ഹാദിതത്വം ഇല്ലാത്ത കവിൻ ഒരു കാരണമൊന്നും കൂടാതെ ഹാദി സായി എന്ന് പറയേണ്ടി വരും ഇങ്ങനെ ഹാജിസാക്കാരുടെ പുറമെയുള്ള കാരണം ഏതെന്നാ ചോദ്യം എന്തെങ്കിലോ അന്നേരം ഒരാളെണ്ണി കൊടുക്കുക ഏതെങ്കിലും ഒന്നിനെ പിടിക്കാം ഇതാ ഇതാണ് ഞാനിത് ഉണ്ടാക്കിയത് നൂറ് സാധനം ഉണ്ട് തൊണ്ണൂറ്റമ്പത് ആളെത്തിയ ഒന്നൊന്നാണ് അന്ന് ചോദിക്കുക ഒന്ന് ഹാരി അല്ലേ ഈ ഒന്നിച്ച് മുഴുവനും കാരണമില്ലാതെ ഉണ്ടാകണം അല്ലെങ്കിൽ തൊണ്ണൂറ്റമ്പതിന്റെയും കാരണം അറിയാതെ ഇയാളോ കാരണമില്ലാത്ത ഹാരിക്ക് ഇയാൾ ഹാരിന്റെ രാജേണ്ടി ഔരിസും അല്ലെങ്കിൽ സബബ് കൂടാതെ കണ്ട് ഒരു ഹാരിസ് ഉണ്ട് അയാളം ബാക്കി തൊണ്ണൂറ്റമ്പതിന്റെ ഈ അഞ്ചെണ്ണം കൂട്ടും ലോകത്തിലെല്ലാം മോജൂദിന്റെ കഥയും കുടുങ്ങിട്ടേ ഇല്ല മുഴുവൻ കഥയും ആണെങ്കിൽ മുഴുവൻ സഭബില്ലാതെ കണ്ട് ആദീസെന്ന് പറയാൻ ഒന്നിച്ചിരി അല്ലെങ്കിലോ ഈ നാലെണ്ണം സഭബോർഡ് കൂടി അഞ്ച് സഭ വേദിയിട്ട് ഇതോ ഇതിന് സഭപില്ലാണ്ട് അങ്ങനെ എനിക്ക് உதானிக்க முஹாலன் அப்பல் முஅதீலல் முஹால முஹாலன் ஆ முஹத் இது முஹாலான முஹாலிலே கேத்தி சை வாதவ முஹாலன் அது கொண்டு ஃபயல்த முஹில் அக்லி அஹிரல் லாஸிமா ய அத்தஸ் சீக்கு மி வதுஸ் இன்தி சைஇன் கதீமீன் கதீமா ல ஒரு சாதனம் கூடியாலே கெறியோ பில் லூரா அது கொண்டு யந்தல் லகஸா மதலாததுன் வறிய انت குர்ல் மவுதுதா த குல்லஹா கதீமதன் ஆத கரனா മോജു ദാസ്വയ്ക്ക് മുഴുവനും കഥീമാകണം ആ കുല്ലുഹാ ഹാരിതും അല്ലെങ്കിൽ മുഴുവനും ഹാദിട്ടാകണം അല്ലെങ്കിൽ അവ ബാഗുഹാ കീവത്തും ബാഗുഹാ ഹാരിതും കുറച്ച് കഥീമും കുറച്ച് ഹാജിത്വമാകണം മൂന്നെല്ലാം നാലാമത്തുണ്ടെങ്കിൽ നമ്മൾ കണ്ണൂർ സാധാരണ ആക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ ആരണിയപ്പോൾ ഇങ്ങനെ എടുക്കും ഇത്ര കിട്ടും അത്ര കിട്ടുന്ന് പറഞ്ഞിട്ട് അതാണ് ഒരാൾക്കും വിദ്യാർത്ഥം എന്നാൽ ചെയ്യാതെ കൂട്ടത്ത് ഏറ്റവും വിജയാനുള്ള ആളെ മേഖൽ അതാണ് തന്നെ എല്ലാം കൂടെ പിടിച്ചു ഒറ്റ കച്ചതാക്കല് എന്നാൽ ഒരിക്കലും നീണ്ട ചർച്ച ഈ പേരുടെ മുമ്പാ ഏടിയാക്കണോന്ന് ഞാൻ പറഞ്ഞ നാല് എത്ര ഭാഗമുണ്ട് നാല് ഭാഗം ചർച്ച നല്ല തീരെ ആ ഏതെല്ലാം വേറെ അങ്ങോട്ട് കയറാൻ കഴിയോ ഇല്ലാതെ ആരന്റെ വളപ്പാന്ന് അങ്ങനെ വരാൻ യാത്ര മാറുന്നില്ല എന്ന ബാക്കി ഏറ്റവും കാലത്തിന് മൂന്നാഴ്ച കഴിഞ്ഞ് വീട് വരാൻ കഴിയുമോ അതും കിട്ടില്ലേ അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞ് ഇതോ അവിടുന്ന് അതും കഴിക്കില്ലേ എന്നാ ഇവിടുത്തെ നാട്ടണമെന്നില്ല രണ്ടെണ്ണ ഭാഗിൽ ഇത് അതാണോ ഇതാണോ ഏറ്റവും ഉത്തമം നോക്കി സൗകര്യം നോക്കി ചർച്ച ചെയ്തുകൊടുക്കുന്നു ആകെ ഹെറ്റുമലത്തിലുണ്ടാവുന്ന മോചതായ സാധനം എല്ലാം കമ്മിയും എല്ലാം ഹാജീസ് അല്ല കുറച്ച് കവിയുമ്പോൾ കുറച്ച് ഹാബീസ് ആ മൂന്നിൽ ഇരിക്ക നാലാമത്തൊരു ഇനം ഇല്ലേയില്ല അപ്പം ഈ മൂന്നിൽ നിന്ന് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നതല്ല കുറെ ഹാബീസും കുറെ കുറെ ഹാബീസും കുറച്ചു ഭാഗം ഹാബീസും കുറച്ചു ഭാഗം കഥിയുമെന്നാൽ നമ്മൾ സ്ഥാപിക്കാൻ പോകും അതുകൊണ്ട് മുഴുവനും ആദി സായ കുഴപ്പം പറഞ്ഞു ഒന്നിക്ക് ഒന്നിനും കാരണം വേണ്ട അല്ലെങ്കിൽ കാരണമില്ലാത്ത ഒന്നെങ്കിലും ബാക്കിയാവും അത് മഹാലം മുഴുവനും കവിയുമായാലോ ഇവിടെ ഒന്നും ലക്ഷിക്കാൻ പാടില്ല ഇവിടെ വന്നുകൊണ്ട് പോയിക്കൊണ്ട് ഇഷ്ടം കൊണ്ട് പാടുന്നുണ്ട് കവിയും ലക്ഷിക്കാൻ പാടില്ലല്ലോ കവിയു മഹകുമാകാൻ പാടില്ല എന്നല്ലേ അപ്പൊ വേദിമാരെ കുറച്ച് കഥയും കുറച്ച് ഹാപ്പിട്ടുണ്ട് പക്ഷെ ആ കുറച്ച് കഥയും ഒന്നേ ഉണ്ടാവുള്ളത് ബൈസ് കവി കുറച്ചൊന്നുള്ള കഥ ചോദിക്കോട്ടെ ബൈക്കൊന്നേ ഉള്ളൂ കവിടെ വേർതൂക്കാലത്ത് കുല്ലുഹാ കഥയും മത്തൻ മുഴുവനും കഥിയുമാണോ എന്നാൽ നമ്മുടെ വാദം പൂജ്യവും കാരണം ഒരു കഥയും ഇതിനെ പറ്റി ചോദിക്കും കുറെ കഥയും ഉള്ളതിനെ ഉത്തരം മനസ്സുള്ളൂ എന്നാലും പുറത്തൊന്നുമില്ലല്ല പറ്റ കഥയും ഉണ്ടോ എന്ന് ചിലപ്പോ നിങ്ങൾ പത്ത് കഥയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലേ ഒന്നിന്റെ ഭാഗം നിങ്ങൾ പത്തു തന്നേ ഉള്ളൂ എന്നാലും ഉത്തരം പൂർത്തിയായി പെട്ടെന്ന് ഹെറ്റലും മത്തിൽ നോക്കും ഈ സമത്ത അനൽ ജില്ലത്തി കഥയും ആ എല്ലാത്തിന്റെ കൂട്ടത്തിൽ ഒരു കഥയും മുതുമൂത്തായിട്ടുണ്ടല്ല കഥിയുമായ ഒന്നുണ്ടോ ചോദ്യത്തിന് നിങ്ങൾ പെട്ടെന്ന് ഉണ്ട് മറുപടി പറഞ്ഞാൽ പട്ടിന്റെ കൂട്ടത്തിൽ ഒന്നുണ്ടല്ല ഇവിടെ നമ്മളെ വാദം ഒന്നും ബൂത്താവാൻ ഫൈനൽ ഫൈൻഖാനൽ ഹാദിസൻ മുഴുവനും ഹാസാണെങ്കിലോ ബഹബു മുഹാനുൻ നേത്ത മുഹാനാൻ ഇപ്പം പറഞ്ഞത് സബബൊന്നും ഇല്ലാതെ സാധനം ഉണ്ടാവണം എന്ന് പറഞ്ഞ രേഖ അപ്പൊ പിന്നെ ബാക്കി അബ്ബലു അപ്പൊ നമ്മക്കിവിടെ എന്താകും ഒന്നിക്കില്ല അബ്ബലി മുഴുവനും കദീമാ എന്നുള്ളത് ബാക്കിയാകും അല്ലെങ്കിലോ അതാണ് അബ്ബലി അല്ലെങ്കിൽ കുറച്ച് കദീമും കുറച്ച് ഹാദിസുണ്ടെന്നുള്ളത് ബാക്കിയാകും ഇനി എന്ത് വേണം മൂന്നാം കിസ്മ എല്ലാം കദീമാണെങ്കിൽ വേറെ ഗതിയിലോട്ട് വാക്കിലാക്കേണ്ടി വരും അതുകൊണ്ട് നോക്കിക്കാം ഉണ്ടായ സാധനം പലതും നേരെ ചുറ്റു നോക്കുമ്പോൾ ഇല്ലാണ്ടാകുന്നുണ്ട് അപ്പൊ കദീം എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇല്ലാണ്ടാകുന്നുണ്ടല്ലോ അതെല്ലാം കദീമെന്ന് നോക്കാൻ നിവൃത്തിയില്ല കോട്ടയതാലും ഈ രീതിയിൽ ആകെല്ലാം ഇനങ്ങളാക്കി തിരിച്ച് എടുക്കണ്ടതിൽ എടുത്ത് തള്ളണ്ടെങ്കിലും തള്ളിക്കൊണ്ടേച്ച് അവസാനമായി എട്ടെന്ന് വാക്കിയാണെന്നൊരു പോയിന്റിലേക്ക് എത്തുന്നു ആ രീതിയിൽ കരസ്ഥമാകുന്ന എൽപിന്റ് പേര് യുദ്ധം ആദ്യം പറഞ്ഞത് ഒന്നാമത്തെ പാർട്ടി നിന്നാറും തകൽങ്ങൾ അവരെടുക്കൽ യക്കീൻ എന്ന് പറയും സബാവുൻ ഹസർ അബിൻ അകിലിൻ മിശ്രമാതാക്കറിനാവും ഞാനീ പറഞ്ഞതുപോലെ ആകാ ദലീൽ കൊണ്ടുവന്നിട്ടെങ്കിലും സ്ഥാപിച്ചു കൊണ്ടുവന്നിട്ട് കിട്ടിരാൻ നിരക്കുള്ള ആ ഹസർ അബിൻ ഹിസ്റ്റിൻ അല്ലെങ്കിലോ നിങ്ങളെ ഹിസ്റ്റ് കൊണ്ട് കരസ്ഥമാക്കിയാൽ നിരക്കുള്ള കണ്ടിട്ടെന്ന് നിങ്ങൾ നേരിട്ട് കണ്ട് ആ ഒരു അതീതത്തിൽ അഖിലിയല്ല അഖിലിന്റെ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കിച്ചാൽ എനിക്ക് വിസ്നഹാരത്തെ ഹാബിറ്റും ഇല്ലാത്ത ഒരു സഭബമില്ലാതെ കണ്ട് ഒരു ഹാബിറ്റ് ഉണ്ടാവൽ ഉണ്ടാവാത്ത അസംഭവ്യമായ കാര്യമാണെന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്ക് പോലും അറിയാല ഒരു സാധനം കാരണമില്ലാണ്ടാവില്ല ഇപ്പം പറയാ ഇവിടെ കുറെ സാറ് അട്ടിക്ക് വെച്ചിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ കളിക്കോക്കാക്കി വെച്ചിട്ടുണ്ട് പെട്ടിയും തട്ടിയെല്ലാം വെച്ചിട്ട് കുറച്ച് നമ്മൾ സാറ് തട്ടിട്ട് എല്ലാവരും പല പെട്ടിയിലുണ്ട് വന്നപാട് ചോദിക്കുന്ന എന്റെ കുരിചാര ആരോ തട്ടിയിട്ടുണ്ട് ആരാ തട്ടിയിൽ വന്നിട്ട് അവന്റെ മേലാശം ഇവന്റെ മേലാശം ഇവനായിരിക്കും ഇവനായിരിക്കും അപ്പൊ ചെറിയ കുട്ടിക്ക് പോലും എന്റെ ഇതിന്റെ ബോലം കെടുത്തണമെങ്കിൽ ആരൊരു കാരണക്കാരം ഇതിലുണ്ട് എന്ന് ചെറിയ കുട്ടിക്ക് പോലെ അറിയാം അതും അല്ലെങ്കിൽ നമുക്ക് ഈ തമാത്രം പിന്നാലെന്തെങ്കിലും അമേരിക്ക എന്നുള്ള സാധനങ്ങൾ ഞമ്മമാരും കണ്ടിട്ടില്ല പോയിട്ട് ദവാത്ര കൊണ്ട് അറിയപ്പെട്ടിട്ടുണ്ട് കൽ എം ബി വുജോതി മക്ക മക്ക ഓജോദാണെന്ന് ഇപ്പോ മറ്റുള്ള കല് ഒന്ന് കിട്ടും ദവാത്രോടല്ലോണ്ട് കിട്ടിയാൽ ആടെ പോയാക്കല്ലേ പറയേണ്ടി വരും ആ ഒരു തജിരിപത്തിയും അല്ലെങ്കിൽ തജിരിപത്തുകൊണ്ട് കിട്ടും ും കിട്ടുന്ന ഓരോ പോക്കാ പറയുന്നു ഒന്നെങ്കിൽ നെബറുകൊണ്ട് നോണി പറഞ്ഞാൽ കിട്ടിയത് അല്ലെങ്കിൽ കണ്ടടിവെത്തിന് അല്ലെങ്കിൽ അച്ഛന് കൊണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സവാദൊന്ന് കിട്ടിയിട്ടുണ്ട് അതുമല്ലെങ്കിലും തഞ്ചിരിപ്പത്തുണ്ട് തഞ്ചിച്ച് മേഖല ഉണ്ട് തജിരിപ്പത്ത് എങ്ങനെ കല്ലെ സ്വക്ക് മോനിയൻ മത്തപ്പൊക്ക മു ഹീലോൻ സ്വക്ക് മോനിയാന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട് അത് കലക്കി കുടിച്ചാൽ നരോണം വയറിളകൂന്ന് സ്വക്കമോനിയുടെ മരുന്നിന്റെ പേര് സുണ്ണാമക്കീനാ തൽക്കാലം പറ്റോ അത് കലക്കുറിച്ചോ ഭയ നിലവൺ അടകും എന്നുള്ളത് സജീവത്തോട് കിട്ടിയപ്പോൾ യജ്ഞനുണ്ടല്ലോ അത് കുടിച്ചാൽ ഇന്ന് സംഭവിക്കുന്നു അല്ലെങ്കിൽ ദലീലും കമാലക്കറിന അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ വേറെന്തെങ്കിലും ദലീൽ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും അപ്പൊ പശു ഇസലാ ഹാതെന്തും അവരടുക്കലേ ഈ യജ്ഞൻ എന്ന പേര് നൽകപ്പെടണമെങ്കിൽ ചെറുത്തെന്താന്നറിയോ അതും ഇല്ല എടുക്കണം എന്നതേ ചെറുക്കുന്നു ചെക്കില്ലാണ്ട് എടുക്കാം ചെക്കില്ലാണ്ട് എടുക്കാൻ എന്താ നീ പറയാ പഞ്ചാബ് മാർഗത്തിൽ കൂടി ചെക്കില്ലാണ്ടെന്നാൽ യക്കീൻ പറയാം അപ്പോ ഇവരെടുക്കൽ യക്കീൻ എന്ന് പറഞ്ഞ സൽബിയായ ഉത്പാടുകർപ്പം ചെക്കിന്റെ ഇല്ലായ്മയാണ് യക്കീൻ പറഞ്ഞത് ഉദുകൂടിയല്ല നോക്കാം പക്ഷേർപ്പ് ഇത്തരത്തിനാകളിൽ നിന്ന് എന്തും അടുമുച്ച ഇല്ലാണ്ട് എടുക്കണമെന്ന് അടുമുച്ചെക്കാ ചേർത്തു എന്നാണ് ഇന്നത് ഉണ്ടാവണം ചക്കില്ലാതെ കണ്ട് കിട്ടുന്ന ഇൽമുണ്ടോ അതല്ല യക്കീനം അല്ലാണ്ട് ആ ഇൽമിന് ഇന്നത് ഉണ്ടാവണോന്നില്ല ചക്കി ഇല്ലാണ്ടോ ഇന്നാണ് ഇന്നെ ഏതൊക്കെ ഏതാ ഉള്ളത് ഏതൊക്കാദ് ഇവരുടെ യക്കീന സ്ഥാനത്ത് തൃത്വല്ല അതുകൊണ്ട് ലവാമി ഏറ്റെക്കാതെ തുടങ്ങിയിരിക്കുന്നു മാനഹാലാ ലാ യൂസഫുൽ യഖീനു ബിൽലാഹി ഇങ്ങന വന്നേ князя ഈ യഖീനു ബിൽലാഹ് ളുവ്ഫാന മുഅ്കില്ല ഖവിയാന ഖവിയല്ലന്നും പറയും അതാണ് ശഖീലുല്ലാഹി അൽലം തന്നെ യഖീനാ അൽല തർതബ ഇലിനാ തഫാവു തഫീ നഫീ സക്കി സക്കി ഇല്ലാ ഈമാൻ ബിൽല്ലാഹി ഇല്ലാ ഈമാ അതുമാണല്ലോ അതിന്റെയേടെ കുറച്ചിലുണ്ടാവുമോ അതും പോയേ പോയേന്ന് ഞാൻ നിന്നോ കൂടുതൽ പോയതും കൂടുതൽ പോകാത്തതൊന്നും ഉണ്ടാവില്ല അന്ന് പോയത് കുറച്ച് ബാക്കിയില്ലെങ്കിൽ അതിന് പോയത് പോയതിനെപ്പറ്റി അല്ലേ അർച്ച കുറച്ച് ബാക്കിയുള്ളത് മുതൽതാണല്ലോ അപ്പൊ ഇവരെ ഇസ്തലാഹെ പറഞ്ഞാണ് യക്കീൻ എന്നുള്ളത് സെല്ലിംഗ് ആയ ഒരു അവസ്ഥ അതിൻ്റെയൊക്കെ വന്നത് മറുവശത്തിന് ശക് ഇല്ലേ എന്നാൽ യക്കീനായി എന്നാൽ അൽ ഇസ്ലാഹുൽ എന്നല്ലേ ഇസ്ലാഹുൽപത്തിസരമായ ഇസ്ലാഹാം രണ്ടാമത്തേത് ഓരോടത്തിൽ യതിനാർത്തമാരി ബഹുവ അല്ലാ എന്തകിതമീൻ എതിമാരി തജ്ദീദി വസ്കി ബൽ ഇരിസീലൈഹി വഹുംബതിനി അലൽ അഖൽ നോക്ക് ശക്ക്인데요 മത്യ തജ്ദീദ് പറഞ്ഞില്ല ശക്ക് എന്ന് ഒന്നാമത്തെ അതിൻ്റെ എതിമാറിനെ കൂറു നോക്കൂല്ല അതോ വല അതേ എതിമാർ തജ്ദീദ് എന്ന് പറഞ്ഞേ ദന്നിലും അത നമ്മ നമ്മളെ ഉദാഹരണത്തിൽ 25% ഉം മറ്റേ 2% നമ്മൾ സംഗല്പിച്ചിട്ടുണ്ട് തജ്ദീദ് അതിലേക്ക് നോക്കുന്നില്ല ഒന്നാമത്തെ സുഹൃത്തിൽ പറഞ്ഞ ആ ചക്കിലേക്ക് നോക്കുന്നില്ല ആ മറുവശം നോട്ടേയില്ല പിന്നെന്താ ഈ പറഞ്ഞിട്ട് ഇവിടെ കാലിപായനോ ഇല്ലോതോ നോട്ടം മറുവശത്തേക്ക് നോക്കുന്നില്ല മറുവശത്തിന്റെ അടുമേ ഏറ്റുമാർ ചെയ്യുന്നേയില്ല ബൻ ഇന സ്ഥീല ഈ വകാല പത്തിൽ അക്കൽ അക്കലിന്റെ തമ്മിൽ എത്രത്തോളം വാരി പായിട്ടുണ്ട് എന്നതിലേക്കാണ് അവർ നോട്ടം അന്നേരം എന്താക്കും ഈ നാലാം അർത്തവക്കാരൻ നന്നായിട്ട് കാലിപായ കാരണമുണ്ട് മൂന്നാം അർത്ഥക്കാരന് തൊണ്ണൂറ്റെട്ട് പേഴ്സെന്റ് കാലി വായിട്ടുണ്ട് മറ്റേതോ കുറച്ചും കൂടെ കാലി വായിച്ചുണ്ട് എന്നുള്ള കലപത്തിൽ മൂന്ന് കൊത്തു പറഞ്ഞിട്ടുണ്ട് ചെക്കിന്റെ തതിവീചന കാലി പായിട്ടില്ല തമാസമാണ് എന്ന് സാധാരണ പറഞ്ഞു മൗത്ത് കൊണ്ട് യജ്ഞ നഴീഫാണ് ഇവനിക്കെന് മൗ മരിക്കൂ എന്നുള്ള യജ്ഞനെ ഇനി കൊണ്ട് നഴിഫാക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ആർക്കെങ്കിലും ചിന്തിച്ചു നോക്കിയാൽ മൗത്ത് ഇല്ല എന്ന് പറയാൻ തയ്യാറുണ്ടാകുമോ ലാട്ടക് ഈ കഴിച്ചില്ല എന്റെ ഹിംഗത്തുള്ളത് പക്ഷെ മൗത്തിനെ സംബന്ധിച്ചുള്ള ആത് ആലി കാണുന്നില്ല എന്നുള്ള വായനാട്ടീ പറഞ്ഞതിന്റെ അർത്ഥം ഇതിനായിട്ട് മരിക്കോ മരിക്കോ ചെക്ക് എന്നല്ല മറുപശക്കെ കുറച്ച് നോക്കുന്നേ ഇല്ല വയുക്കാലും പുലാനും കബലിയുൽ യക്കീനിൽ ദിസത്തി ദിസക്ക് വലിക്ക് വന്നു ചേരും എന്ന വിഷയത്തിൽ യക്കീനുള്ള കവിയായ യക്കീനാണ് എന്ന് പറയും ഏതോടൊപ്പം ആണ്ടോ കവി യജൂന്നും അന്നമില്ലായത്തി ഡിസക്ക് തീരെ വരാതിരിക്കാനും സാധ്യത ഉണ്ടെന്നാലും അപ്പോ സംശയം തീരെ ഇല്ലാത്ത രംഗത്തും യക്കീനിവിടെ വരീഫാണ് കവിയാണ് എന്നുള്ള വർത്താനം വരുന്നത് ആ മറുവശത്തേക്ക് നോക്കുന്നില്ല ഏതെങ്കിലും ഒന്നിലേക്ക് തസ്തികാക്കലിലേക്ക് നഷ്ടിച്ചാൽവാലൽ കൽവിൽ മോളത് കീഴടക്കിട്ടോ കൽബിനത് ആധിപത്യ സ്ഥാപിച്ചാൽ അത് തന്നെയാണ് ഇവനെ പ്രവർത്തിപ്പിക്കുന്നതും ഇവന്റെ മേലും ഭരണാഭി ചുമത്തുന്ന സാധനമായിട്ട് മാറി അതിന് ഇക്കീനെന്നോട് പറഞ്ഞു വലാശക്കി അന്നരിക്കൽ കത്തിന് ബിൽമൗസി മരണം സംഭവിക്കും എന്ന വിഷയത്തിൽ കത്തിൽ ചെയ്യുന്ന വിഷയത്തിൽ ജനങ്ങളെല്ല സമന്മാരാണ് ആർക്കും അതിൽ സത്യമില്ല മരിക്കും എന്നുള്ളതിൽ ആർക്കും സത്യമില്ല പക്ഷേ മരണത്തിന് സംബന്ധിച്ചുള്ള മരണത്തിന് സംബന്ധിച്ചും ഇപ്പോഴും ഈ ബോധമുണ്ടല്ലോ ഈ കല്ലിൽ ആരും ഭാര്യ ആളുകൾ വളരെ കുറവാണ് അത് സംശയത്തിനത്തൊട്ട് ഒഴിഞ്ഞു മാറിയിട്ടുണ്ട് എന്ന വിഷയത്തിൽ സമമാണ് വലാ ചിന്നെങ്കിലും തീം ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നത് ഞമ്മൾ മൗത്തിലേക്ക് തീരെ ഇൽത്തിഫാ ഇല്ലാത്ത കൂട്ടാ സംശയം ഇല്ലാത്ത ഒന്നിലേക്ക് തിരിഞ്ഞു നോക്കേ ചെയ്യാത്ത കൂട്ടരുണ്ടാവും ആ പോറക്കണ്ട ജീവിക്കുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയവർ പോലുണ്ട് വല ഈ നിശ്ചയതാദിനഹു ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിഷയത്തിലും എന്തില്ല ഒരിക്കൽ ഫാപ്പ് ഇല്ലാത്ത ആളുണ്ട് അപ്പൊ വക്കാദിനഹു കൈകോ മോക്കനെന്ത് ചെയ്യും അപ്പൊ അവന്റെ യക്കീനില്ലാത്തത് പോലെ ഉണ്ട് യക്കീന ഇല്ലാന്നല്ല യന് ഇല്ലാത്തവനെ പോലെ ഉണ്ട് ഇന്ധും ചേറോ മണിത്തൗലാദാലിക്കാലാ കല് മരിക്കും എന്നുള്ള ആ മരണത്തെ സംബന്ധിച്ചുള്ള വിചാരം കൽപ്പിലെന്താക്കി വായു hatta astaghara ka jami'a hammihi awda saratun mu'awadan tadrigin bi seedadilahu maranatindevadi orikku taiyaraakkunna visayathil walam yughadir fihi mustafa'an li ghayrihi mattu ravijathinu vendu odi adavaada pole avan naduvadikkollilla ella maranathi sheshamulla kaalathine ullu taiyaraakki vajab abba hammitin haadhihin haalathi saratilul haalathine pichanda varum quwwatul yaqeen ennu parayum നേരത്തെ മൗത്ത യക്കീനാണ് അതിന് വേണ്ടി ഒരുങ്ങി തയ്യാറാക്കി മുഴുവൻ സമയം മാറ്റി നിർത്തുമ്പോൾ കൂപ്പത്തൊരു യക്കീനായി മാറി അതാണ് ചിലത് പറഞ്ഞത് ഒരു സംശയമില്ലാത്തൊരു യക്കീനുണ്ട് അതോടൊപ്പം ഒരു യസീനും ഇല്ലാത്ത ചക്കിനോട് തുല്യമായി തോന്നുന്നു എന്താണ് എന്റെ ഉത്തരം പറഞ്ഞ മൗസവും ഉത്തരവും മരണത്തിനെ സംബന്ധിച്ച് ലാചക്രീ യസീനാണ് പക്ഷെ ആളിങ്ങെടുത്ത് നോക്കിയട്ടെ ഒരു യക്കീനില്ലാത്ത സംശയത്തിനോട് തുല്യമാണ് യക്കീൻ അതാ മൗത്തം എന്ന് ചില കടങ്ങളൊക്കെ പറയുന്നുള്ളൂ ലാ യസീനായ ചക്കിനോട് തുല്യത പുലർത്തുന്ന ഒരു സാധനം ഈ രണ്ടാമത് പറഞ്ഞ ഇസ്ലാഹി പ്രകാരം ഇത് മറുവശത്തിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല ഈ വിശ്വാസം ഇവനെ കാര്യം ഇല്ലയോ മറുവശം എന്തുമായിക്കോട്ടെ ഇല്ല അപ്പൊ ഇത് കൂടുതലും കുറവും വന്നോണ്ടിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ട് കുമ്പോ യുവണ്ടെന്നും പതി യു സഫർ യുടെ വെൽ കുമ്പത്തി ഇന്നി ഉലമാനത്തിൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടോ യക്കീനുണ്ടാക്കണം എന്ന് പറഞ്ഞല്ലോ ഉലമാവുല്ലാസനത്തിൽ യകീനുണ്ടാക്കാനാവേണ്ടെന്ന് നിങ്ങൾ ഏത് മാനാക്കണം യസീനെ ഉദ്ദേശിക്കുന്നത് ഒന്നാം മാനാക്കോ രണ്ടാം മാനാക്കോ ഏതാന്ന് രണ്ട് മാനപ്രകാരം വേണം കാരണം ഇതിന്റെ മറവശത്തിനെ കുറിച്ച് ശക്തി ഇല്ലാതിരിക്കുകയും പോണം ഇതിനോ കാലത്തിൽ വാലി ബായി രണ്ട് കാര്യമല്ല ഇപ്പൊ ഇതിൽ മറുപശത്തിന്റെ ചെക്ക് നീങ്ങണം അപ്പൊ ഒന്നാം മാനാക്ക് എന്താ യക്കീനായി ഇത് കൽപിന കാര്യം ബാക്കിയും പോണം അപ്പൊ രണ്ടാം മാനാക്കുപോയി രണ്ടു മേനോ കാണും യക്കീൻ വേണ്ടി വരുക അതാ ഇന്നമാറാദി കൗരിന അവൻ പറഞ്ഞല്ലോ ഇന്ന മിൻസൈനിക്ക് തറഫു യക്കീൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞ കാണോട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബിൽ മൈനീ ഈ പറഞ്ഞ രണ്ട് ഇഷ്ടപ്രകാരമുള്ള മാനം കൊണ്ട് തന്നെ ഞാൻ ഒന്നു പോകും ഒന്നേതാ മുഹമ്മദ് നഫീഷി ഒന്നാമതാ പ്രകാരം ശക്കി ഇല്ലായ്മ പോകണം രണ്ടാമത്തോ യക്കീംക്കിയും പോണം സുമ്മസരീത്തു അല്ല നഫ്സി നഫ്സിന്റെ മേൽ യക്കീനാകുന്ന തസനീത്ത് ഭാഗം അപ്പൊ മുദൂതിയും പോണോ അഗ്മിയും പോണം രണ്ടുണ്ട് നഫ്സിന്റെ മേലെ ഏറ്റവും ഇവനിക്ക് ഭരണം നടത്തുന്നതും ഇവനെ കൈകാര്യം ചെയ്യുന്നതുമായത് ഏതായിരിക്കണം ഈ യസീനായിരിക്കണം എന്ന രണ്ടാമുദ്ദേശം അരിംസ